ാമത്തിൻ്റെ മഹത്വം നമുക്ക് രണ്ട് തീമത്യോസ് ഒന്നാമധ്യായത്തിൽ നിന്ന് രണ്ട് വാക്യങ്ങൾ നമ്മുടെ ഇന്നത്തെ ചിന്തയ്ക്കായിട്ട് വായിക്കാം രണ്ട് തീമത്യോസ് അതിൻ്റെ ഒന്നാമത്തെ അധ്യായം അതിൻ്റെ പന്ത്രണ്ടും പതിനാലും വാക്യങ്ങൾ ഒന്ന് തീം രണ്ട് തീമത്തിയോസ് ഒന്നാമധ്യായം പന്ത്രണ്ടും പതിനാലും വാക്യങ്ങൾ പന്ത്രണ്ടാമത്തെ വാക്യത്തിൻ്റെ അവസാന ഭാഗം ഇങ്ങനെയാണ് അവൻ എൻ്റെ ഉപനിധി ആ ദിവസം വരെ സൂക്ഷിപ്പാൻ ശക്തൻ എന്ന് ഉറച്ചുമിരിക്കുന്നു പതിനാലാമത്തെ വാക്യം ആ നല്ല ഉപനിധി നമ്മൾ അധിവസിക്കുന്ന പരിശുദ്ധാത്മാവിനാൽ സൂക്ഷിച്ചു രണ്ട് വാക്യങ്ങൾ നമ്മൾ ശ്രദ്ധിച്ച് വായിച്ചാൽ അത് പരസ്പര വിരുദ്ധമാണെന്ന് തോന്നുന്ന രണ്ട് വാക്യങ്ങളാണ് ഉപനിധി ഉപനിധി എന്ന് വെച്ചാൽ എന്താ നമുക്കതിൻ്റെ അകത്ത് മനസ്സിലാകാത്ത ഒരു വാക്ക് ഉപനിധി എന്നുള്ള ഒരു വാക്കാണെന്ന് തോന്നുന്നു ഉപനിധിയെന്ന് പറഞ്ഞാൽ നമ്മുടെ കയ്യിൽ ഏൽപ്പിക്കപ്പെട്ടത് നമ്മളീ ക്രിസ്തീയ ജീവിതം ആരംഭിച്ചപ്പോൾ നമ്മെ ദൈവം വിശ്വസിച്ച് ചില കാര്യങ്ങൾ ഏൽപ്പിച്ചിട്ടുണ്ട് നാം അത് പൂർത്തീകരിക്കുമെന്നും നിത്യ രാജ്യത്തിൽ നമ്മൾ ചെന്നെത്തുമെന്നും നമ്മളെ ഏൽപ്പിച്ചിരിക്കുന്ന ദൗത്യം നമ്മൾ സന്തോഷത്തോടെ ഭംഗിയായിട്ട് ദൈവം ആഗ്രഹിക്കുന്ന ഒരു നിലയിൽ പൂർത്തീകരിക്കുമെന്നും ഒക്കെയുള്ള ദൈവത്തിൻ്റെ ആ പ്രതീക്ഷയാണ് ആ ദൈവം നമ്മുടെ മേൽ നൽകിയിരിക്കുന്ന ആ മുടക്കുമുതലിനെയാണ് ഉപനിധി നമ്മുടെ കയ്യിൽ ഏൽപ്പിക്കപ്പെട്ടത് എന്ന് പറയാം ഇംഗ്ലീഷിൽ ഒരു ട്രാൻസ്ലേഷനിലായി ഡെപ്പോസിറ്റ് നമുക്ക് കൂടുതലും മനസ്സിലാകുന്ന ഒരു വാക്കാണല്ലോ ഡെപ്പോസിറ്റ് നിക്ഷേപം ദൈവം തമ്മിലൊരു നിക്ഷേപം നമ്മളൊരു ഒരു മുതൽ മുടക്കിയിരിക്കുക ആ മുതൽ എന്താ ആ മുതൽ നമ്മൾ നഷ്ടപ്പെടുത്താതെ പൂർത്തിയാക്കി ദൈവത്തിൻ്റെ സന്നിധിയിൽ നമ്മൾ നമ്മുടെ ദൗത്യം പൂർത്തിയാക്കി അത് കൊണ്ടുവന്ന് ഏൽപ്പിക്കും അതുകൊണ്ട് നമ്മൾ വ്യയം ചെയ്ത് നമ്മൾ അതുകൊണ്ട് വ്യാപാരം ചെയ്ത് കൂടുതൽ അത് വർദ്ധിപ്പിച്ച് ദൈവം ആഗ്രഹിക്കുന്ന നിലയിൽ കൊണ്ടുവരും അങ്ങനെ ഒരു ഡെപ്പോസിറ്റ് ഒരു നിക്ഷേപം നമ്മൾ ദൈവം തന്നിരിക്കുന്നു എന്നാണ് അവിടെ പറഞ്ഞിരിക്കുന്നത് എന്നിട്ട് പറയുന്നു അതിൻ്റെ പന്ത്രണ്ടാമത്തെ വാക്യം അവൻ എൻ്റെ ഉപനിധി ആ ദിവസം വരെ സൂക്ഷിപ്പാൻ ശക്തൻ എന്ന് ഉറച്ചിരിക്കുന്നു എന്നിൽ ഏൽപ്പിച്ചിരിക്കുന്ന ഈ ഉപനിധി അല്ലെങ്കിൽ എന്നിലുള്ള ഈ ഡെപ്പോസിറ്റ് അത് ആരാ സൂക്ഷിക്കുന്നത് അത് സൂക്ഷിക്കുന്നത് ആരാ അവനാ അവനാ ദൈവം തന്നെയാണ് അത് സൂക്ഷിപ്പാൻ അവൻ തന്നെയാണ് അതിന് ശക്തൻ അത് നഷ്ടപ്പെടുത്താതെ അത് ദുരുപയോഗം ചെയ്യാതെ അത് ദൈവം ആഗ്രഹിക്കുന്ന നിലയിൽ ആ നിക്ഷേപത്തെ ഉപനിധിയെ പൂർത്തിയാക്കി കൊണ്ടുവന്ന് എത്തിക്കാൻ കഴിയുന്നത് ഒരാളേ ഉള്ളൂ അതാരാണ് അത് ദൈവം തന്നെയാണ് അവനാണ് എൻ്റെ ഉപനിധി ആ ദിവസം വരെ സൂക്ഷിപ്പാൻ ശക്തൻ എന്ന് ഞാൻ ഉറച്ചിരിക്കുന്നു എന്നാണ് രണ്ട് തീമ്പത്തി ദിവസം ഒന്നിൻ്റെ പന്ത്രണ്ടാമത്തെ വാക്യം പറയുന്നത് എന്നാൽ ഒരു വാക്യം കഴിഞ്ഞ് അടുത്ത വാക്യത്തിലേക്ക് പതിനാലാം വാക്യത്തിലേക്ക് വരുമ്പോഴോ അവിടെ പറയുന്നു ആ നല്ല ഉപനിധി നമ്മൾ തന്നെ സൂക്ഷിച്ചോണമെന്ന് പറയും ഇതൊരു പരസ്പര വിരുദ്ധമല്ലേ ഒന്നെന്ന് പറയുന്നത് ഈ ഡെപ്പോസിറ്റ് അവ സൂക്ഷിച്ചോളൂ എന്നാണ് പറഞ്ഞത് ദൈവം അത് ചെയ്തോളും ദൈവം അത് പൂർത്തിയാക്കിക്കോളും ദൈവം ആ ഉപനിധി ആ സൂക്ഷിച്ചു സൂക്ഷിക്കും എന്നാ പറഞ്ഞിരിക്കുന്നു അടുത്ത വാക്യത്തിലേക്ക് വരുമ്പോൾ നമ്മളോട് പറഞ്ഞിരിക്കുന്നു നമ്മൾ ആ ഉപനിധി സൂക്ഷിച്ചോണം എന്നാ പറഞ്ഞിരിക്കുന്നു എന്നാൽ അവിടെ ആ നല്ല വാക്യത്തിൽ ഒരു ചെറിയ വാക്കോടുണ്ട് ആ നല്ല ഉപനിധി നമ്മൾ അധിവസിക്കുന്ന പരിശുദ്ധാത്മാവിനാൽ സൂക്ഷിച്ചു കണ്ടോ പലപ്പോഴും ഞാൻ നമ്മൾ പറയാറുള്ളത് ക്രിസ്തീയ ജീവിതത്തിൽ പരസ്പര വിരുദ്ധമെന്ന് തോന്നുന്ന പല കാര്യങ്ങൾ പറയാറുണ്ട് പക്ഷേ അത് റൈറ്റ് പേഴ്സ്പെക്റ്റീവില് ശരിയായ കാഴ്ചപ്പാടിൽ നമ്മൾ കണ്ടു കഴിയുമ്പോൾ അതിൻ്റെ അകത്ത് വൈരുദ്ധ്യമൊന്നുമില്ല നമ്മളെ ക്രിസ്തീയ ജീവിതത്തിനായിട്ട് ദൈവം വിളിച്ച് വിളിച്ച് കൊണ്ടുവന്നിരിക്കുന്നു നമ്മളൊന്നും ഈ കാര്യത്തിൽ ഒരു താല്പര്യമുള്ളവരായിരുന്നില്ല നമ്മൾ പലപ്പോഴും പറയാറുണ്ടല്ലോ ഈ ലോകത്തിനും അതിന് യോജിച്ച നിലയിലും പോവുകയായിരുന്നു നമ്മൾ ഒരു കണ്ണിനും ദയ തോന്നാതെ വിളുംപറമ്പിൽ എറിയപ്പെട്ട പാത്രങ്ങളെപ്പോലെ ഓ ഇസ്രായേൽ പൗരതയോട് സംബന്ധമില്ലാത്ത ഇല്ലാതെ വാഗ്ദത്വത്തിൻ്റെ നിയമങ്ങൾ കന്യരും പരിദേശികളും എന്നുള്ള നിലയിൽ നമ്മളങ്ങനെ ഉപേക്ഷിക്കപ്പെട്ട് കിടന്നിടത്തുനിന്ന് ദൈവം എന്തു ചെയ്തു ദൈവം നമ്മളെ വീണ്ടെടുത്തു വീണ്ടെടുത്തിട്ട് നമ്മളെ ഇതിന് യോഗ്യത എണ്ണി നമ്മളെ സഭയിലാക്കി വച്ചിരിക്കുന്നു നമ്മൾ ഒരു നിക്ഷേപം തന്നിരിക്കുന്നു ഈ നിക്ഷേപം അത് നമ്മൾ ദൈവം ഒരു പറയുന്നു നിങ്ങൾ തന്നെ അത് സൂക്ഷിച്ചോണം എന്ന് പറയുന്നു മറുവശത്തെന്തോ പറയുന്നു ദൈവം തന്നെ അത് സൂക്ഷിപ്പാൻ ശക്തനാണ് എന്നുറച്ചിരിക്കുന്നു സത്യത്തിൽ അങ്ങനെയല്ലേ നമുക്ക് ഈ ക്രിസ്തീയ ജീവിതം നമ്മുടേതായ ഒരു സൂക്ഷിപ്പ് കൊണ്ടുവല്ലും ഭംഗിയായിട്ട് ദൈവം ആഗ്രഹിക്കുന്ന നിലയിൽ ഒക്കുമോ ഒക്കുമോ ഒരളവിൽ പറഞ്ഞാൽ നമ്മളെ കൊണ്ട് പിന്നെ ആര് ചെയ്തു ദൈവം തന്നെ ചെയ്തു ശരി ദൈവം ചെയ്തു എന്ന് പറഞ്ഞ് നമ്മൾ കയ്യും കെട്ടി കമന്നുകിടന്നുറങ്ങാം എന്ന് വിചാരിച്ചാൽ അത് ശരിയാകുമോ അത് ശരിയാകില്ല ഇത് രണ്ടും കൂടെ ചേർന്നാണ് ക്രിസ്ത്യ ജീവിതം ദൈവം അത് ചെയ്യും അതേസമയം തന്നെ നമുക്കും അതിൻ്റെ അകത്തൊരു പങ്കാളിത്തമുണ്ട് നമ്മളും നമ്മുടെ ഭാഗം അത് ചെയ്യണം ഈ രണ്ട് കാര്യങ്ങളാണ് ഈ രണ്ട് വാക്യങ്ങളിൽ പറഞ്ഞിരിക്കുന്നത് പ്രിയപ്പെട്ടവർ നമ്മൾ ഈ ഉപനിധി നഷ്ടമാക്കാതെ ദൈവം നമ്മിൽ നമ്മളെ വിശ്വസിച്ച് ഏൽപ്പിച്ചിരിക്കുന്ന ഈ കാര്യം അത് ഉപയോഗരഹിതമാക്കിക്കളയാതെ അതുകൊണ്ട് നമ്മളൊരു വ്യാപാരം ചെയ്ത് അത് വർദ്ധിപ്പിച്ച് ഒടുവിൽ കർത്താവിൻ്റെ കയ്യിൽ കൊടുക്കുമ്പോൾ കർത്താവ് പറയും നല്ലത് നല്ലവന് വിശ്വസ്തനുമായ ദാസനെ നിന്നെ അല്പം ഏൽപ്പിച്ചു പക്ഷേ നീ അതുകൊണ്ട് നല്ലതുപോലെ ആ കാര്യങ്ങൾ ചെയ്തു അതുകൊണ്ട് നീ അധികത്തിന് വിചാരകനായിത്തീരുക എന്ന് പറഞ്ഞ് കർത്താവ് നമ്മളെ ആ സന്തോഷത്തിലേക്ക് പ്രവേശിപ്പിക്കും ഇതാണ് നമ്മുടെ എല്ലാം പ്രതീക്ഷ പ്രതീക്ഷ നാളുകൾ കടന്നു പോകുമ്പോൾ വർഷങ്ങൾ കടന്നു പോകുമ്പോൾ നമ്മുടെ ആരോഗ്യം കുറയുന്നു നമ്മുടെ കഴിവുകൾ നഷ്ടമാകുന്നു ഇത് വല്ലതും നമ്മളെ കൊണ്ട് പൂർത്തിയാക്കാൻ എന്നുള്ള ചോദ്യം നമ്മുടെ മനസ്സിൽ വരുന്നു അന്നേരം മറുവശത്ത് എന്താ ആ ഞാനല്ല ഇത് ചെയ്യുന്നത് എന്നെ സഹായിക്കുന്ന ഒരുവനുണ്ട് അവിടെ നിന്ന് അത് പൂർത്തിയാക്കിക്കൊള്ളും എന്നുള്ളതും മറുവശത്തും നമ്മൾ കണ്ട് അങ്ങനെ വളരെ ബാലൻസ്ഡായിട്ട് നമുക്ക് ഈ ക്രിസ്ത്യ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാനായിട്ട് കഴിയും കഴിഞ്ഞൊരു ദിവസം ഒരു ഒരു ഒരു മോളെ അവളുടെ ഒരു കാര്യം പറയുകയായിരുന്നു തന്നെ താൻ കർത്താവിനായിട്ട് ഇറങ്ങി പുറപ്പെട്ടു പക്ഷെ ഇറങ്ങി പുറപ്പെട്ടു കഴിഞ്ഞപ്പോൾ പണ്ട് നിലയിലുള്ള പരീക്ഷകളും പണ്ടില്ലാത്ത നിലയിലുള്ള കൂടുതൽ കഷ്ടതകളും ഒക്കെ ജീവിതത്തിൽ വരുന്നു എന്താ അത് പ്രിയപ്പെട്ടവര് നമ്മളിതിന് ഈ ഉപനിധിയുമായിട്ട് മുന്നോട്ട് പോകുന്നത് സന്തോഷത്തോടെ മുന്നോട്ട് പോകുന്നതിന് അതിനിഷ്ടമില്ലാത്ത ഒരാളുണ്ട് അതാണ് സാത്താൻ പിശാജ് അവനപ്പോൾ എന്തു ചെയ്യും നമ്മളെ ഈ ഉപനിധി ഏൽപ്പിച്ചിരിക്കുന്നു നമ്മൾ മുന്നോട്ട് ഈ കാര്യവുമായിട്ട് പോകുന്നുവെന്ന് കാണുമ്പോൾ അവൻ നമ്മുടെ നേരെയുള്ള ആക്രമണം കൂടുതൽ രൂക്ഷമാക്കും പിശാജ് നമ്മളെ ശ്രദ്ധിക്കുന്നില്ലെങ്കിലാണ് നമ്മൾ നമ്മളെക്കുറിച്ച് തന്നെ നമുക്ക് വല്ല കുഴപ്പമുണ്ടോ എന്ന് നമ്മൾ ശ്രദ്ധിക്കേണ്ടത് കാരണം അവൻ്റെ രാജ്യത്തിനും അവൻ്റെ സാമ്രാജ്യത്തിനും നമ്മളെതിരായിത്തീരുമ്പം അവൻ തീർച്ചയായിട്ടും നമ്മളെ ലക്ഷ്യം വെക്കും നമ്മൾ ദൈവം ആഗ്രഹിക്കുന്ന നിലയിൽ നമ്മുടെ ഒരു കൊച്ചു ജീവിതത്തിൽ ദൈവം ഏൽപ്പിച്ച ആ ഡെപ്പോസിറ്റ് മുന്നോട്ട് കൊണ്ടുപോകുമ്പോൾ അവൻ നമ്മുടെ നേരെയുള്ള പരീക്ഷകളും കഷ്ടതകളും അത് രൂക്ഷമാക്കി തീർക്കും ഞാൻ ഈ കാര്യം മോളോട് പറയുകയുണ്ടായി കുട്ടിയോട് പറയുകയുണ്ടായി പ്രിയപ്പെട്ടവർ നമ്മുടെയൊക്കെ ജീവിതം നോക്കുക അവന് സാത്താനെ സംബന്ധിച്ചിടത്തോളം ഈ കാര്യം നമ്മൾ സൂക്ഷിക്കരുത് അത് നഷ്ടമാക്കിക്കളയണം അതാണ് അവൻ്റെ ആഗ്രഹം ആ ഒരു വെല്ലുവിളി ഉള്ളത് കൊണ്ടാണ് നമ്മളോട് പറഞ്ഞിരിക്കുന്നത് നിങ്ങൾ സൂക്ഷിച്ചോണം സൂക്ഷിച്ചോണം ആ സൂക്ഷിക്കുന്നത് എങ്ങനെ ചെയ്യാനൊക്കും ഇതാ അതിൻ്റെ പതിനാലാമത്തെ വാക്യം ആ നല്ല നീതി ആ നല്ല ഉപനിധി നാം സൂക്ഷിച്ചു കൊള്ളണം പക്ഷെ സൂക്ഷിച്ചു പറയുമ്പോൾ അവിടെ പരിശുദ്ധാത്മാവിനാൽ നമുക്കത് സൂക്ഷിക്കാൻ കഴിയും എന്നുള്ള ഒരു ഒരു ആ നിലയിലൊരു സ്വാതന്ത്നത്തിൻ്റെ ഒരു കാര്യം കൂടെ അവിടെ പറയുന്നുണ്ട് പരിശുദ്ധാത്മാവിനാൽ നമ്മളധിവസിക്കുന്ന പരിശുദ്ധാത്മാവിനാൽ നമുക്കത് സൂക്ഷിച്ചു കൊള്ളാനായിട്ട് കഴിയും ഹാലലുയ്യ പ്രിയപ്പെട്ടവരെ കഴിഞ്ഞ ആഴ്ചയും നമ്മൾ പരിശുദ്ധാത്മാവിനെക്കുറിച്ച് പല കാര്യങ്ങൾ നമ്മൾ പറഞ്ഞല്ലോ നമ്മൾ നമ്മുടെ ക്രിസ്തീയ ജീവിതം ദൈവം നിലയിൽ വിജയകരമായി പൂർത്തിയാക്കാൻ നമ്മളെ കൊണ്ട് നമ്മുടെ മാത്രം കഴിവുകൊണ്ട് കഴിയേയില്ല മറിച്ച് പരിശുദ്ധാത്മാവിനാൽ നമുക്കിത് പൂർത്തിയാക്കാനായിട്ട് കഴിയും ആ ഒരു വാഗ്ദാനം കൂടെയാണ് ഇവിടെ നമ്മൾ കാണുന്നത് ആ ഒരു നമ്മളെ ആശ്വസിപ്പിക്കുന്ന ഒരു കാര്യം കൂടെയാണ് നമ്മളിവിടെ കാണുന്നത് നമ്മളധിവസിക്കുന്ന പരിശുദ്ധാത്മാവിനാൽ നമുക്കത് കഴിയും നമ്മൾ കഴിഞ്ഞ ആഴ്ച ഈ കാര്യം പറഞ്ഞു അതായത് പരിശുദ്ധാത്മാവെന്ന് പറയുന്നത് നമ്മളെ കൊണ്ടൊക്കാത്ത ഒരു കാര്യം ചെയ്യാനായിട്ട് നമ്മളെ സഹായിക്കുന്ന ഒരു ഹെൽപ്പറാണ് എന്ന് പറഞ്ഞു പരിശുദ്ധാത്മാവ് ചെയ്യുന്ന ഏഴ് കാര്യങ്ങളെക്കുറിച്ച് നമ്മൾ പറഞ്ഞു അത് നമ്മളെ ശക്തീകരിക്കും നമുക്ക് സഹായം നൽകും നമ്മളെ ഉപദേശം നൽകും നമുക്ക് വിമോചനം നൽകും നമ്മളെ നമുക്ക് സജീവത നൽകും നമ്മുടെ ജീവിതത്തിനൊരു യാഥാർത്ഥ്യം നൽകും നമുക്ക് നമ്മുടെ മേലുള്ള പോരാട്ടങ്ങളുടെ മേൽ നമുക്കൊരു സ്വസ്ഥത നൽകും ഇങ്ങനെ ഏഴ് കാര്യങ്ങൾ നമ്മൾ പരിശുദ്ധാത്മാവ് നമ്മളിൽ ചെയ്യുന്ന കാര്യങ്ങൾ നമ്മൾ പറഞ്ഞു കഴിഞ്ഞ ആഴ്ച പറഞ്ഞ കാര്യങ്ങൾ നമ്മുടെ മനസ്സിലുണ്ടല്ലോ ആ കാര്യങ്ങൾ നമ്മൾ കാണുമ്പോൾ ഈ നിലയിൽ ഒരു സഹായകനെയാണ് ദൈവം നമുക്ക് തന്നിട്ട് പോയിരിക്കുന്നത് അല്ലാതെ നമ്മൾ നമ്മുടേതായ ഒരു കഴിവ് നമുക്ക് ഈ ഉപനിധി സൂക്ഷിച്ച് കൊണ്ടുവന്ന് ആ കർത്താവിനെ ഏൽപ്പിച്ച് അവനിൽ നിന്ന് നല്ലവനും വിശ്വസ്തനുമായ ദാസനെ എന്നുള്ള വിളി കേൾക്കാൻ നമ്മളെ കൊണ്ട് കഴിയേയില്ല അതുകൊണ്ട് നമുക്ക് ദൈവം തന്നിരിക്കുന്ന ഈ പരിശുദ്ധാത്മാവിനായിട്ട് പരിശുദ്ധാത്മാവിൻ്റെ സഹായത്തിനായിട്ട് പരിശുദ്ധാത്മാവിൻ്റെ ഉപദേശത്തിനായിട്ട് പരിശുദ്ധാത്മാവ് നൽകുന്ന ശക്തിക്കായിട്ട് പരിശുദ്ധാത്മാവ് നമ്മുടെ ജീവിതത്തിൽ പാപങ്ങളിൽ നിന്നും മുറുകെ പറ്റുന്ന പരിചയങ്ങളിൽ നിന്നും നമുക്ക് തരുന്ന വിമോചനത്തിനായിട്ട് നമ്മുടെ ക്രിസ്തീയ ജീവിതത്തെ കൂടുതൽ അത് സജീവതയുള്ളതാക്കി തീർക്കുന്നതിനായിട്ട് കൂടുതൽ ചൈതന്യമുള്ളതാക്കി തീർക്കുന്നതിനായിട്ട് ഒക്കെ നമുക്ക് ദൈവത്തോട് നന്ദിയുള്ളവരായിട്ടായിരിക്കാം ഇത് കൂടുതലൊരു യാഥാർത്ഥ്യം നമ്മുടെ ജീവിതത്തിൽ തരും ഒരു റിയാലിറ്റി നമ്മുടെ ജീവിതത്തിൽ തരും പ്രശ്നങ്ങളുടെ മേൽ അതിൻ്റെ മുകളിൽ നിൽക്കുന്നവരായിട്ട് നമ്മളായിരിക്കും ഇതിനെല്ലാം നമ്മെ സഹായിക്കുന്നത് പരിശുദ്ധാത്മാവാണ് എന്ന് നാം കഴിഞ്ഞ ദിവസങ്ങളിൽ ചിന്തിച്ചു ഇവിടെയും അതിനോട് ചേർന്ന് നമുക്ക് ചില കാര്യങ്ങൾ നോക്കാം ആ നല്ല ഉപനിധി നമ്മൾ അധിവസിക്കുന്ന പരിശുദ്ധാത്മാവിനാൽ സൂക്ഷിക്കാൻ ദൈവം നമ്മളോട് പറഞ്ഞിരിക്കുമ്പോൾ പരിശുദ്ധാത്മാവിൻ്റെ ഒരു വർത്തമാനമായ അനുഭവം വർദ്ധിച്ച ഒരു അനുഭവം നമ്മുടെ ജീവിതത്തിൽ നാൾ കഴിയും തോറും ഉണ്ടായിക്കൊണ്ടിരുന്ന് നമുക്കിത് ഈ ഓട്ടം വിജയകരമായിട്ട് പൂർത്തിയാക്കാൻ കഴിയുള്ളൂ അല്ലെങ്കിൽ ഈ കാര്യം ഇങ്ങനെ പറഞ്ഞാൽ മതിയായിരുന്നു ആ നല്ല ഉപനിധി നിങ്ങൾ തന്നെ സൂക്ഷിച്ചു കൊടുക്കുക എന്ന് പറഞ്ഞാൽ മതിയായിരുന്നു പക്ഷേ ആ നല്ല ഉപനിധി പരിശുദ്ധാത്മാവിനാൽ മാത്രമേ നമുക്ക് സൂക്ഷിക്കാനായിട്ടേ കഴിയുകയുള്ളൂ പ്രിയപ്പെട്ടവരെ നമ്മൾ പരിശുദ്ധാത്മാവിൻ്റെ ഒരു പ്രവൃത്തി വർദ്ധിച്ചു വരേണ്ടതായിട്ടുണ്ട് ചെറുപ്പക്കാരിൽ അത് വർദ്ധിച്ചു വരേണ്ടതായിട്ടുണ്ട് യുവാക്കളിൽ സഹോദരിമാരിലെ സഹോദരന്മാരിൽ കാരണം നമ്മളൊരു പോ പോരാട്ടത്തിലാണ് നിൽക്കുന്നത് ഒരു പോർക്കളത്തിലാണ് നിൽക്കുന്നത് നമുക്കെതിരെ ഒരു ശക്തി നമ്മുടെ ഉപനിധി നഷ്ടപ്പെടുത്തി കളയാനായിട്ട് നമ്മളോടൊരു പോരാട്ടമുണ്ട് ആ പോരാട്ടത്തിൽ നമ്മൾ ജയിക്കണമെങ്കിൽ നമ്മുടെ സ്വന്തം ശക്തി കൊണ്ട് നമുക്ക് കഴിയയില്ല ആ ബലഹീനത നമ്മൾ കണ്ട് പരിശുദ്ധാത്മാവിൻ്റെ വർധിച്ച ഒരു അളവ് നമ്മുടെ ജീവിതത്തിൽ നാൾ കഴിയും തോറും പ്രാപിക്കാനായിട്ട് നമ്മൾ ഉത്സാഹിക്കണം ഈ കാര്യമാണ് നമ്മളിന്നും ചിന്തിക്കാനായിട്ട് ആഗ്രഹിക്കുന്നത് പ്രിയപ്പെട്ടവരെ കഴിഞ്ഞ ആഴ്ച നമ്മൾ ഈ ക്രിസ്തീയ ലോകത്ത് പരിശുദ്ധാത്മാവ് എന്നുള്ള ഒരു കാര്യമാണ് ഏറ്റവും കൂടുതൽ വ്യത്യസ്തമായ ചിന്തകൾ ഉയർത്തി വിട്ടിട്ടുള്ളത് എന്നാൽ പറഞ്ഞു ഇന്ന് എത്രയോ വ്യത്യസ്തമായ പെന്തകോ സഭകളുണ്ട് എത്രയോ സഭകളുണ്ട് ഈ സഭകളൊക്കെ അവരുടെ തിയോളജിയൊക്കെ നോക്കുമ്പോൾ ഈ പരിശുദ്ധാത്മാവ് എന്നുള്ള ഒരു കാര്യത്തെക്കുറിച്ചാണ് അതിനെ ചുറ്റിപ്പറ്റിയാണ് ഇത്രയും വ്യത്യസ്ത അഭിപ്രായങ്ങളും വ്യത്യസ്ത കാഴ്ചപ്പാടുകളും ഉള്ളത് ഞാൻ ഓർക്കുകയായിരുന്നു കഴിഞ്ഞ ആഴ്ച തന്നെ സാധാരണ നമ്മളെന്തെങ്കിലും ഒരു കാര്യം പറഞ്ഞാൽ ആർക്കും അതിൻ്റെ അകത്ത് വ്യത്യസ്ത ചിന്തകളൊന്നുമില്ല എന്നാൽ കഴിഞ്ഞ ആഴ്ച തന്നെ നമ്മൾ പരിശുദ്ധാത്മാവിനെ കുറിച്ച് പറഞ്ഞപ്പോൾ പലർക്കും ആ പല വ്യത്യസ്ത കോണുകളിൽ നിന്ന് അതിനെക്കുറിച്ച് പല കാര്യങ്ങൾ പറയാനായിട്ടും പല അഭിപ്രായങ്ങൾ ഉയർന്നു വരുന്നതും ഒക്കെ നമ്മൾ ശ്രദ്ധിച്ചു ഈ പരിശുദ്ധാത്മാവെന്നുള്ള ഈ കാര്യം ഇത്ര പ്രധാനപ്പെട്ട ഒന്നായതുകൊണ്ടാണ് ഇതിനെ ചുറ്റിപ്പറ്റി പിശാജ് ഇത്രയേറെ കോലാഹലങ്ങളും ഇത്രയേറെ വ്യത്യസ്ത ചിന്തകളും ഉണ്ടാക്കി വച്ചിരിക്കുന്നത് എന്ന് ഞാൻ വിചാരിച്ച് വിചാരിക്കാറുണ്ട് കാരണം ഇത് ഇത്രയേറെ കോംപ്ലിക്കേറ്റഡ് ആക്കിയിരിക്കുമ്പോൾ നമ്മൾ വിചാരിക്കും ഓ എന്നാൽ പിന്നെ ഇത് നമുക്ക് വേണ്ട ഇത് വലിയ എന്തോ കുഴപ്പം പിടിച്ച ഒരു കാര്യമാണ് എന്ന് നമുക്ക് തോന്നും ആ തോന്നൽ ഉണ്ടാക്കാനാവാം ഇതിനെക്കുറിച്ച് ഇത്രയേറെ അഭിപ്രായങ്ങളുള്ളത് എങ്കിലും ഈ അഭിപ്രായങ്ങളെയൊക്കെ നമ്മൾ ദൈവജനത്തിൻ്റെ അടിസ്ഥാനത്തിൽ വളരെ വേഗത്തിൽ നമ്മൾ ചില കാര്യങ്ങൾ പറഞ്ഞു അതായത് ഒരുവൻ രക്ഷിക്കപ്പെടുമ്പോൾ അവൻ എന്തുണ്ട് അവന് പരിശുദ്ധാത്മാവിൻ്റെ ഒരു പ്രവൃത്തിയില്ലാതെ അവന് രക്ഷിക്കപ്പെടാനായിട്ട് കഴിയുകയില്ല ഒന്ന് കോരിന്ദർ പന്ത്രണ്ടാമത്തെ ആയ അതിൻ്റെ മൂന്നാമത്തെ വാക്യത്തിൽ യേശുവിനെ കർത്താവ് യേശുവിനെ ലോഡ് യേശുവിനെ കർത്താവ് എന്ന് പരിശുദ്ധാത്മാവിനാൽ മാത്രമേ ഒരാൾക്ക് പറയാൻ കഴിയുള്ളൂ ഒന്ന് കോരിന്ദർ പന്ത്രണ്ടിൻ്റെ മൂന്നാമത്തെ വാക്യമാണ് എന്നാൽ റോമർ പത്ത് പത്തിൻ്റെ ഒൻപത് നമ്മൾ വായിക്കുമ്പോൾ അതിനോട് ചേർത്ത് വായിക്കുമ്പം യേശുവിനെ കർത്താവ് എന്ന് ഹൃദയം കൊണ്ട് വിശ്വസിക്കുകയും വായിക്കൊണ്ട് ഏറ്റുപറയുകയും ചെയ്യുന്നവനാണ് രക്ഷിക്കപ്പെടുന്നത് എന്ന് കണ്ടു അപ്പോൾ കണ്ടോ ഒന്ന് കൊരിന്ത പന്ത്രണ്ടിൻ്റെ മൂന്നിൽ യേശുവിനെ കർത്താവ് എന്ന് പരിശുദ്ധാത്മാവിനാലേ ഒരാൾക്ക് സ്വീകരിക്കാനൊക്കെ ഉള്ളു റോമർ പത്തിൻ്റെ ഒൻപത് പറയുന്നു യേശുവിനെ കർത്താവ് എന്ന് വായ് കൊണ്ടൊരുവനെ ഏറ്റു പറയണമെങ്കിൽ ഏറ്റു പറയുമ്പോൾ അവൻ രക്ഷിക്കപ്പെടുകയാണ് എന്ന് അവിടെ പറയുന്നു അപ്പോൾ രക്ഷിക്കപ്പെടുമ്പോഴാണ് യേശുവിനെ കർത്താവെന്ന് ഏറ്റു യേശുവിനെ കർത്താവെന്ന് ഏറ്റുപറയാൻ പരിശുദ്ധാത്മാവ് വേണം ഈ രണ്ട് വാക്യങ്ങളെ ചേർത്ത് ചിന്തിക്കുമ്പോൾ രക്ഷിക്കപ്പെടാൻ എന്ത് വേണം പരിശുദ്ധാൽമാവ് വേണം പരിശുദ്ധാത്മാവിൻ്റെ പ്രവർത്തനം കൂടാതെ കഴിയേയില്ല ഈ രണ്ട് വാക്യങ്ങളെ നമ്മൾ അതിൽ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങളെ ചേർത്ത് ചിന്തിക്കുമ്പോൾ രക്ഷിക്കപ്പെടുമ്പോൾ രക്ഷിക്കപ്പെടുമ്പോഴാണ് യേശുവിനെ ജീവിതത്തിൻ്റെ കർത്താവുമായിട്ട് നമ്മൾ സ്വീകരിക്കുന്നത് നമ്മുടെ ജീവിതം അവൻ്റെ കർത്തൃത്വത്തിനായിട്ട് ഏൽപ്പിച്ചു കൊടുക്കുന്നത് അപ്പോഴാണ് അങ്ങനെ ഏൽപ്പിച്ചു കൊടുത്ത് രക്ഷിക്കപ്പെടണമെങ്കിൽ പരിശുദ്ധാത്മാവിലല്ലാതെ ഒരാൾക്ക് അതിന് കഴിയുകയില്ല എന്നാണ് ഈ വാക്യങ്ങൾ പറയുന്നത് ശരി പരിശുദ്ധാത്മാവിൻ്റെ ഒരു അനുഭവത്തിലൂടെയാണ് നമ്മൾ രക്ഷിക്കപ്പെട്ടത് രക്ഷിക്കപ്പെട്ട് മുന്നോട്ട് പോകുമ്പം അവിടെ കൊണ്ട് പരിശുദ്ധാത്മാവിൻ്റെ അനുഭവം തീർന്നു രണ്ടാമതൊരു അനുഭവം ഇല്ല രണ്ടാമതൊരു എക്സ്പീരിയൻസ് ഇല്ല എന്ന് പറയുന്ന ഒട്ടേറെ പേരുണ്ട് ഒട്ടേറെ നല്ല ക്രിസ്തീയ വിഭാഗങ്ങളുണ്ട് എന്നാൽ നമ്മൾ ദൈവ ശ്രദ്ധയോടെ പഠിക്കുമ്പോൾ നമുക്ക് കാണാൻ കഴിയും രക്ഷിക്കപ്പെട്ടതിന് ശേഷം സ്നാനപ്പെട്ടതിന് ശേഷം അല്ലെങ്കിൽ മുന്നോട്ട് പോകുമ്പോൾ തന്നെ നമ്മൾ നമ്മൾ ദൈവം ആഗ്രഹിക്കുന്ന നിലയിൽ നമുക്ക് ഈ ഉപനിധി സൂക്ഷിപ്പാൻ കഴിയുന്നില്ല എന്ന് കാണുമ്പോൾ നമ്മുടെ ഉള്ളിൽ തന്നെ ഈ പരിശുദ്ധാത്മാവിൻ്റെ വർദ്ധിച്ച ഒരു അനുഭവത്തിനായിട്ടുള്ള ഒരു ദാഹം നമ്മൾ തന്നെ ഉയർന്നു വരും അപ്പോൾ നമ്മൾ ഇതിൻ്റെ കൂടുതൽ ഒരു അനുഭവത്തിനായിട്ട് ആഗ്രഹിക്കും അങ്ങനെ ആഗ്രഹിക്കുമ്പം ദൈവം നമുക്ക് ബോധ്യമാകുന്ന നിലയിൽ നമ്മൾ രണ്ടാമതൊരു എക്സ്പീരിയൻസ് രക്ഷിക്കപ്പെട്ടപ്പോഴാദ്യത്തെ അനുഭവം അതിനുശേഷം രണ്ടാമതൊരനുഭവം ഉണ്ടെന്ന് നമ്മൾ ദൈവവചനത്തിൻ്റെ അടിസ്ഥാനത്തിൽ കണ്ടു ആ അനുഭവം ആത്മനിറവിൻ്റെ ഒരു അനുഭവമാണ് ഈ ആത്മനിറവ് പ്രാപിക്കുന്ന ആദ്യത്തെ ഒക്കേഷനെയാണ് ആദ്യത്തെ അവസരത്തെയാണ് ദൈവവചനം പരിശുദ്ധാത്മ സ്നാനം എന്ന് പറയുന്നത് ഇതൊക്കെ തമ്മിൽ ഈ പ്രയോഗങ്ങളൊക്കെ തമ്മിൽ അല്പസ്വല്പം വ്യത്യാസമുണ്ട് നമ്മളിതെല്ലാം അതിൻ്റെ ശരിയായിട്ട് മനസ്സിലാക്കിയില്ലെങ്കിൽ നമുക്കിതെല്ലാം തമ്മിൽ വേണ്ടതുപോലെ മനു വ്യക്തതയോടെ ഗ്രഹിക്കാനായിട്ട് കഴിയാതെ പോവും ഞാൻ പറഞ്ഞത് രക്ഷിക്കപ്പെടുമ്പോൾ ഒരുവൻ്റെ ഹൃദയത്തിൽ പരിശുദ്ധാൽമാവ് വന്നു പക്ഷേ അത് ഒരു കപ്പിനകത്ത് ഒരൽപ്പം വെള്ളം ഇരിക്കുന്നത് നമ്മുടെ ഹൃദയത്തിൽ പരിശുദ്ധാത്മാവിൻ്റെ സാന്നിധ്യമുണ്ട് ഒരു കപ്പിനകത്ത് വെള്ളം ഇരിക്കുന്നു എന്നാൽ ആ കപ്പിനകത്ത് പിന്നെയും വെള്ളം ഒഴിച്ചുകൊണ്ടിരുന്നാൽ എന്ത് സംഭവിക്കും ആ കപ്പ് നിറഞ്ഞ് നിറഞ്ഞ് നിറഞ്ഞ് ആ ഒരു സമയത്ത് ആ കപ്പ് നിറഞ്ഞ് ആ വെള്ളം പുറത്തേക്കൊഴുകാനായിട്ട് തുടങ്ങും ഈ ഒരു അനുഭവമാണ് പരിശുദ്ധാത്മാവിൻ്റെ നിറവിലുള്ള ജീവിതം അത് രണ്ടാമതൊരു എക്സ്പീരിയൻസാണ് രക്ഷയ്ക്ക് ശേഷമുള്ള രണ്ടാമതൊരനുഭവമാണ് ഈ നിലയിലുള്ള രണ്ടാമതുള്ള ഒരു അനുഭവം ആദ്യമായി ഒരു അടയാളത്തോടെ അല്ലെങ്കിൽ ഒരു ഉറപ്പോടെ നമ്മൾ പ്രാപിക്കുന്ന ആ സന്ദർഭത്തെയാണ് പരിശുദ്ധാത്മ സ്നാനം എന്ന് പറയുന്നത് തുടർന്ന് പരിശുദ്ധാത്മാവിൻ്റെ നിറവ് പിന്നെയും പിന്നെയും ഉണ്ടാകുമ്പോൾ അതിനെ പരിശുദ്ധാത്മ നിറവെന്നോ ഒക്കെയാണ് ദൈവജനം പറയുന്നത് പിന്നീട് അതിനെ പരിശുദ്ധാത്മ സ്നാനം എന്ന് വിളിക്കേണ്ടതായിട്ടില്ല ഞാൻ പറയുന്നത് വ്യക്തമാകുന്നു എന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു പ്രിയപ്പെട്ടവരെ അങ്ങനെ രക്ഷിക്കപ്പെടുന്നു അതിനുശേഷം ഒരു പരിശുദ്ധാത്മ സ്നാനത്തിൻ്റെ അനുഭവം അത് കഴിഞ്ഞ് പരിശുദ്ധാത്മ നിറവിൻ്റെ തുടർന്നുള്ള മുന്നോട്ടുള്ള ആ ഒരു ജീവിതം അപ്പോൾ കഴിഞ്ഞ ആഴ്ച നമ്മൾ ചിന്തിച്ചു ഈ പരിശുദ്ധാത്മ സ്നാനത്തിന് എന്തെങ്കിലും ഒരു അടയാളമുണ്ടോ നമ്മൾ അപ്പോസ്ല അഞ്ച് രംഗങ്ങൾ ചിന്തിച്ചു അഞ്ച് രംഗങ്ങളിൽ മൂന്നിടത്ത് അന്യഭാഷാ ഭാഷണമായിരുന്നു അതിൻ്റെ അടയാളം രണ്ടിടത്ത് അങ്ങനെ ഒരു അടയാളം പറയുന്നില്ല എന്ന് നമ്മൾ കണ്ടു നമ്മൾ തുടർന്നെന്ത് പറഞ്ഞു അടയാളമല്ല നമുക്ക് പ്രശ്നം നമുക്കെന്ത് വേണം നമുക്കതിൻ്റെ ശക്തി വേണം അതിൻ്റെ ചൈതന്യം വേണം അതിൻ്റെ റിയാലിറ്റി വേണം അടയാളം എന്ത് വായിക്കോട്ടെ കേട്ടെ ചിലർ പറയുന്നു അത് അന്യഭാഷ മാത്രമാണെന്ന് മറ്റു ചിലർ പറയുന്നു അന്യഭാഷയും മറ്റ് ചില കാര്യങ്ങളും അതുപോലെ തന്നെ സൈനായിട്ടുണ്ട് അടയാളമായിട്ടുണ്ട് എന്നാ പറയുന്നു ഈ അന്യഭാഷയെക്കുറിച്ച് തന്നെ അതിനെ രണ്ട് തരത്തിൽ നമ്മൾ ശ്രദ്ധിക്കണമെന്ന് ഈ യുവചനം ഒന്ന് കൊറോ പന്ത്രണ്ട് പതിനാല് അധ്യായങ്ങളൊക്കെ വായിക്കുമ്പോൾ നമ്മളതിനെ ശ്രദ്ധയോടെ വായിച്ചാൽ നമുക്ക് കാണാൻ കഴിയും അന്യഭാഷയെ പരിശുദ്ധാത്മ സ്നാനത്തിനുള്ള ഒരു അടയാളം എന്നുള്ള നിലയിലും നമുക്ക് പ്രാപിക്കാൻ ഒക്കും അതുപോലെ തന്നെ ചിലരെ സംബന്ധിച്ചിടത്തോളം അന്യഭാഷാ ഭാഷണം ഒരു വരമായിട്ടും മുന്നോട്ടും കൊണ്ടുപോകാനായിട്ട് കഴിയും നമ്മുടെ ചുറ്റുപാടുമുള്ള മുഖ്യധാരാ പെന്തകോസഭകളൊക്കെയും അവർ പറയുന്നത് ഓ രക്ഷിക്കപ്പെടുന്നതിന് ശേഷം ഒരു രണ്ടാമതൊരു അനുഭവം ഉണ്ട് അതാണ് പരിശുദ്ധാത്മസ്നാനം അതിന് ഏക അടയാളം അടയാളം അതിനുള്ള സൈൻ അന്യഭാഷാ ഭാഷണം മാത്രമാണ് എന്ന് പറയുന്നു എന്നാൽ ദൈവജനത്തോടുള്ള ബന്ധത്തിൽ നമ്മളത് മാത്രമാണ് അടയാളമെന്ന് പറയാൻ ഒക്കുകയില്ല ഇന്ന് അത് നമുക്ക് കിട്ടുന്ന ഒരു ശക്തിയും ഉറപ്പുമാണ് മറ്റു കാര്യങ്ങളും ആകാം നമ്മളിതിൻ്റെ അടയാളത്തിലല്ല നമ്മൾ കേവലം ഊന്നുന്നത് ഈ അടയാളമായിട്ട് ഇത് പ്രാപിച്ചവരിൽ തന്നെ ചിലർ അത് വരമായിട്ട് പിന്നീട് പ്രാപിച്ച് മുന്നോട്ട് കൊണ്ടുപോകുന്നവരുണ്ടാവും എന്നാൽ വേറെ ചിലരെ സംബന്ധിച്ചിടത്തോളം അതൊരു വരമെന്നുള്ള നിലയിൽ ലഭിക്കാതെ ആ പരിശുദ്ധാത്മസ്നാനത്തിൻ്റെ അടയാളം മാത്രമായിട്ടിരിക്കുന്നതും കാണാം ഞാൻ പറഞ്ഞു വന്നത് പ്രിയപ്പെട്ടവരെയും നമുക്കിതിൻ്റെ തലനാരിഴ കീറി ഇതിൻ്റെ കൊച്ചു കാര്യങ്ങളെക്കുറിച്ചുള്ള വാദപ്രതിവാദങ്ങളിലോ ഒന്നുമല്ല നമുക്ക് താല്പര്യം നമുക്കിതിൻ്റെ യാഥാർത്ഥ്യം വേണം ഏഹ് മലയാളത്തിലൊരു ചൊല്ലുണ്ടല്ലോ ആര് കുത്തിയാലും എന്ത് വേണം അരി വെളുത്താൽ മതി ഏഹ് പാർക്കുട്ടി കുത്തിയാലും കല്യാണിക്കുട്ടി കുത്തിയാലും അരി എന്ത് മതി അരി അരി വെളുത്താൽ അരി നെല്ല് അത് അരി മതി അല്ലെങ്കിൽ അത് ഏഹ് നമുക്കിവിടുന്ന് കോട്ടയം വരെ പോകണം അതിപ്പോൾ ഇന്ന പോലെ ഇന്ന നിറത്തിലുള്ള ഒരു കാറേൽ മാത്രമേ ഞാൻ കയറി അവിടെ വരെ ചെല്ലുകൊള്ളൂ എന്നുള്ള നിർബന്ധമൊന്നും നമുക്ക് വേണ്ട കാറിൻ്റെ നിറം എന്തുമാകട്ടെ അതല്ല നമുക്ക് പ്രശ്നം നമുക്കെന്ത് വേണം നമുക്കിവിടുന്ന് കോട്ടയത്ത് ചെല്ലണം ഇതാണ് നമ്മുടെ ആവശ്യം എന്ന് പറഞ്ഞ പോലെ ഞാൻ പറഞ്ഞ ഉദാഹരണം വ്യക്തമായല്ലോ നമ്മളെ സംബന്ധിച്ചിടത്തോളം ഈ ഉപനിധി സൂക്ഷിച്ച് ശക്തിയോടെ നമുക്ക് മുന്നോട്ട് പോകണം അത് അടയാളമോ വരമോ എന്തുമായിക്കൊള്ളട്ടെ അതിൻ്റെ സൂക്ഷമാംശങ്ങളിൽ കുറിച്ച് തലനാരിഴ കയറി അന്യോന്യം ചർച്ച ചെയ്ത് അതിനെല്ലാം നമ്മൾ ദൈവം ആഗ്രഹിക്കുന്നു നമുക്കതിൻ്റെ റിയാലിറ്റി വേണം നമുക്ക് ആ ശക്തി വേണം അതിന് നമ്മളുടെ ഭാഗത്ത് നിന്ന് നമ്മൾ എന്താണ് ചെയ്യേണ്ടത് ഈ കാര്യത്തെക്കുറിച്ചും ഒരു ഏഴ് കാര്യങ്ങൾ നമുക്ക് വളരെ വേഗത്തിൽ നോക്കാം നമ്മൾ തീത്തോസിൻ്റെ ലേഖനത്തിലേക്ക് വരുമ്പോൾ തീത്തോസിൻ്റെ ലേഖനത്തിൽ പൗലോസ പറയുക തീത്തോസിന് എഴുതിയ ലേഖനത്തിൽ പൗലോസ് പറയുന്നു അതിൻ്റെ മൂന്നാമധ്യായം ആറ് മുതൽ ആറ് ഏഴ് വാക്യങ്ങൾ നോക്കുക കൃപയാൽ നാം അവൻ്റെ കൃപയാൽ നീതികരിക്കപ്പെട്ടിട്ട് പ്രത്യാശ പ്രകാരം നിത്യജീവൻ്റെ അവകാശികളായി തീരേണ്ടതിന് പുനർജനന സ്നാനം കൊണ്ടും നമ്മുടെ രക്ഷിതാവായ യേശുക്രിസ്തു മൂലം നമ്മുടെ മേൽ ധാരാളമായി പകർന്നിരിക്കുന്ന പരിശുദ്ധാത്മാവിൻ്റെ നവീകരണം കൊണ്ടും തന്നെ എന്തു മനസ്സിലായി വളരെ ഇങ്ങനെ വായിച്ചു പോകുമ്പോൾ നമുക്ക് സത്യത്തിൽ ഒത്തിരി കാര്യങ്ങളൊന്നും നമുക്ക് മനസ്സിലാകുകയില്ല പക്ഷേ നമ്മൾ ശ്രദ്ധിച്ചാൽ ഇതാണ് ഇതിൻ്റെ അകത്ത് പറയുന്നത് നാം എന്ത് വേണം നാം കൃപയാൽ രക്ഷിക്കപ്പെട്ടു നീതീകരിക്കപ്പെട്ടു എന്നിട്ട് നമുക്കൊരു പ്രത്യാശ തന്നിരിക്കുന്നു നമ്മളെ നിത്യജീവൻ്റെ അവകാശികളായിട്ട് ദൈവം നമ്മളെ കൊണ്ടുചെന്ന് ഇത് പൂർത്തീകരിക്കും അല്ലെങ്കിൽ നമ്മൾ നേരത്തെ വായിച്ചതുമായിട്ട് ചേർത്ത് പറയാം നമ്മിൽ രക്ഷയിൽ നമ്മിൽ ആരംഭിച്ച ആ പ്രവൃത്തി അല്ലെങ്കിൽ അവിടെ നമ്മിൽ മുടക്കി ആ മുടക്കുമുതൽ അവിടെ നമ്മിൽ തന്ന ആ ഉപനിധി അവിടെ നമ്മിൽ തന്ന ആ നിക്ഷേപം നമ്മൾ നിത്യജീവനിൽ അവിടെ കൊണ്ടുവന്ന് അവിടം വരെ നിത്യജീവൻ്റെ അവകാശികളായി തീരും അല്ലാതെ പാതി വഴിക്ക് നമ്മൾ നഷ്ടമാക്കിക്കളയയില്ല അതിനായിട്ടാണ് നമ്മളെ വിളിച്ചേക്കുന്നത് പക്ഷേ അങ്ങനെ നമ്മൾ ആ നിത്യജീവൻ്റെ അവകാശികളായി അവിടെ വരെ വിജയകരമായിട്ട് ചെന്ന് എത്തുന്നതിന് ഇവിടെ ഇതാ പുനർജനന സ്നാനം അത് മലയാളത്തിൽ വേറെ ചില തർജ്ജമകളിൽ വീണ്ടും ജനനം സ്നാനം എന്ന് കാണുന്നു വീണ്ടും ജനനം സ്നാനം നമ്മുടെ രക്ഷിതാവായ യേശുക്രിസ്തു മൂലം നമ്മുടെ മേൽ ധാരാളമായി പകർന്നിരിക്കുന്ന പരിശുദ്ധാത്മാവിൻ്റെ നവീകരണം ഇതെല്ലാം കൊണ്ടാണ് നമുക്കത് ആ നിത്യജീവൻ്റെ അവകാശികളായി തീരാനായിട്ട് കഴിയുന്നത് ആ നിക്ഷേപം നഷ്ടപ്പെടുത്താതെ ആ മുടക്കു അത് അത് വെറുതെ കളയാതെ അത് ഉപയോഗപ്പെടുത്തി നമുക്ക് നമ്മളെക്കുറിച്ച് ആഗ്രഹിക്കുന്ന ആ പൂർണതയിൽ നമുക്ക് നമ്മുടെ ഓട്ടം ഓടി തീർക്കാൻ കഴിയുന്നത് അതിന് നമ്മളെ സഹായിക്കുന്നതാണ് ഇവിടെ ഇതാ വീണ്ടും ജന്മം സ്നാനം അതുപോലെ തന്നെ പരിശുദ്ധാത്മാവിൻ്റെ ഒരു രണ്ടാമതൊരു റിഫ്രഷിങ് ഒരു നവീകരണം ഇതെല്ലാം നമ്മളെ സഹായിക്കും എന്ന് അവിടെയും പറയും ആട്ടെ നമ്മൾ പറഞ്ഞു വന്നത് നമുക്ക് ഈ ഒരു അനുഭവം നമ്മുടെ ജീവിതത്തിൽ യാഥാർത്ഥ്യമായി തീരണം അത് നമുക്ക് തരുന്ന ഒത്തിരി ഉദവികളെക്കുറിച്ച് നമ്മൾ കഴിഞ്ഞ ആഴ്ച പറഞ്ഞു അത് നമ്മളെ സഹായിക്കുമെന്നും ശക്തിപ്പെടുത്തുമെന്നും നമ്മുടെ ദുഷ്പരിചയങ്ങളിൽ നിന്ന് നമുക്ക് വിമോചനം തരുമെന്നും നമുക്ക് ജീവിതത്തിൽ ഒരു യാഥാർത്ഥ്യം തരുമെന്നും സജീവത തരുമെന്നും സ്വസ്ഥത തരുമെന്നും ഒക്കെ കേട്ടപ്പോൾ നമുക്കതിനായിട്ടൊരാഗ്രഹം നമ്മുടെ മനസ്സിലുണ്ട് പക്ഷെ അതെങ്ങനെ നമുക്ക് പ്രാപിക്കാനൊക്കും ഇവിടെ ഇരിക്കുന്ന പ്രിയപ്പെട്ടവരിൽ എത്ര പേർക്ക് എനിക്ക് അങ്ങനെ രണ്ടാമതൊരു അനുഭവമുണ്ട് അത് ഞാൻ ഇപ്പോഴും തുടരുന്നു എന്ന് ധൈര്യത്തോടെ പറയാൻ കഴിയും അങ്ങനെ പറയുന്നില്ലെങ്കിൽ നമ്മൾ ആഗ്രഹിക്കേണ്ടത് എന്താ ദൈവമേ പരിശുദ്ധാത്മാവിൻ്റെ ഒരു നവീകരണം രണ്ടാമതൊരനുഭവം പരിശുദ്ധാത്മ സ്നാനം അതേ അതിനെ തുടർന്ന് പരിശുദ്ധാത്മാവിൻ്റെ നിറവിലുള്ള ഒരു ജീവിതം പരിശുദ്ധാത്മാവിനാൽ നടത്തപ്പെടുന്ന ഒരു അനുഭവം അത് എനിക്ക് തരണം അതുണ്ടെങ്കിലേ എനിക്ക് ഉപനിധി അവിടെ ആഗ്രഹിക്കുന്നതുപോലെ സൂക്ഷിച്ച് അങ്ങ് കൊണ്ടുവന്ന് എത്തിക്കാനൊക്കെ ഉള്ളൂ എന്നൊരു ഇതിനായിട്ടൊരാഗ്രഹവും വാഞ്ചയും നമ്മൾ പലർക്കും കഴിഞ്ഞ ആഴ്ച മുതൽ പ്രത്യേകിച്ചും വചനക്കേഴിയോടുള്ള ബന്ധത്തിലും സാക്ഷ്യങ്ങളോടുള്ള ബന്ധത്തിലും ലഭിക്കുകയുണ്ടായി ഇന്ന് പ്രാർത്ഥനയിലും പല പ്രിയപ്പെട്ടവർ ആ കാര്യം ത്തിനായിട്ട് പ്രാർത്ഥിക്കുന്നത് കേൾപ്പാനായിട്ടിടയായി പ്രിയപ്പെട്ടവർ അങ്ങനെയാണെങ്കിൽ ഇങ്ങനെ ഒരു രണ്ടാമത് പരിശുദ്ധാത്മാവിൻ്റെ ഒരു സെക്കൻഡ് എക്സ്പീരിയൻസിന് രണ്ടാമത് ഒരു അനുഭവത്തിന് അങ്ങനെ ഒരു അനുഭവം പ്രാപിച്ചിട്ടില്ലാത്തവരുണ്ടെങ്കിൽ അവർക്ക് അത് ലഭ്യമാകുന്നതിന് എന്തെല്ലാമാണ് ചെയ്യേണ്ടത് എന്നുള്ളത് ഒരു ഏഴ് കാര്യങ്ങൾ വളരെ വേഗത്തിൽ നമുക്ക് നോക്കാം അപ്പോസ്ല അതിന് അപ്പോസ്ല പ്രവൃത്തി രണ്ടാമധ്യായത്തിൻ്റെ മുപ്പത്തി എട്ടാമത്തെ വാക്യം അതിനോട് ചേർത്ത് നമുക്ക് ചിന്തിക്കാം പത്രോസ് അവരോട് പെന്തക്കോസ് നാളിൽ സഹോന്മാരെ ഞങ്ങൾ എന്ത് ചെയ്യണം എന്ന് ചോദിച്ചു ആളുകളോട് പത്രോസ് സംസാരിക്കുകയാണ് പത്രോസ് അവരോട് നിങ്ങൾ മാനസാന്തരപ്പെട്ട് നിങ്ങളുടെ പാവങ്ങളുടെ മോചനത്തിനായി ഓരോരുത്തൻ യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ സ്നാനമേൽപീൻ എന്നാൽ പരിശുദ്ധാൽമാവെന്ന് ദാനം ലഭിക്കും കണ്ടോ പരിശുദ്ധാൽമാവിൻ്റെ ഈ രണ്ടാമതൊരനുഭവം ആ ഒരു ദാനം ലഭിക്കാൻ രണ്ട് കാര്യങ്ങളെങ്കിലും വേണം എന്നിവിടെ പറയുന്നു ഒന്ന് നമുക്കൊരു മാനസാന്തര അനുഭവം നമ്മൾ രക്ഷിക്കപ്പെട്ടവരായിരിക്കണം രണ്ട് സ്നാനം ഏൽപ്പീൻ എന്നും പറഞ്ഞിരിക്കുന്നു അപ്പോൾ മാനസാന്തരവും സ്നാനവും ഉള്ള ആളുകളാണ് പരിശുദ്ധാത്മദാനത്തിനായിട്ട് ഈ രണ്ടാമത് അനുഭവത്തിനായിട്ട് പ്രാർത്ഥിക്കേണ്ടത് ഇവിടെ നമ്മൾ വേറൊരു കാര്യം ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട് ഒന്നാം നൂറ്റാണ്ടിൽ മാനസാന്തരത്തോട് ചേർന്ന് തന്നെയായിരുന്നു സ്നാനം നടന്നിരുന്നത് ഒരാൾ മാനസാന്തരപ്പെട്ടു അല്ലെങ്കിൽ ഒരാൾ രക്ഷിക്കപ്പെട്ടു രക്ഷിക്കപ്പെട്ടവരെ എന്തോ ചെയ്തു വചനം കൈക്കൊണ്ടവരെ അന്ന് വാക്ക് കൈക്കൊണ്ടവർ സ്നാനമേറ്റു അതിൻ്റെ നാൽപ്പത്തൊന്നാം വാക്യത്തിൽ നമ്മൾ അങ്ങനെയാണ് കാണുന്നത് മൂവായിരത്തോളം പേർ അവരോട് ചേർന്നു അന്നൊക്കെ ഒരാൾ രക്ഷിക്കപ്പെട്ടാൽ ഉടനെ തന്നെ സ്നാനവും അതിനോട് ചേർന്ന് നടന്നിരുന്നു എന്നാൽ ഇന്ന് ഒരു പക്ഷേ രക്ഷിക്കപ്പെട്ടതിന് ശേഷം ചില നാളുകൾക്ക് ശേഷമായിരിക്കാം സ്നാനം നടക്കുന്നത് അതുകൊണ്ട് സ്നാനപ്പെടാത്ത രക്ഷിക്കപ്പെട്ട പരിശുദ്ധാത്മാവിൻ്റെ ഒന്നാമതൊരു അനുഭവമുള്ള ചിലരും എന്ത് സംഭവിച്ചിട്ടുണ്ട് പരിശുദ്ധാത്മാവിൻ്റെ ഈ രണ്ടാമതൊരനുഭവം സ്നാനപ്പെടുന്നതിന് മുമ്പ് തന്നെ പ്രാപിച്ചിട്ടുണ്ട് എന്നുള്ളത് നമ്മൾ പല ആളുകളുടെ ജീവിതത്തിൽ അനുഭവത്തിൽ നമ്മൾ കണ്ടിട്ടുള്ളതാണ് എങ്കിലും ഈ അപ്പോസ്ല പ്രവൃത്തി രണ്ടാമധ്യായത്തിൻ്റെ മുപ്പത്തി എട്ടാമത്തെ വാക്യത്തിൽ പത്രോസ് അവരോട് കൃത്യമായിട്ട് പറയുന്ന ആ ഓർഡർ അനുസരിച്ച് നമ്മളിതിനെ കണ്ടാൽ എന്തൊക്കെ വേണം ഒന്ന് മാനസാന്തരപ്പെടണം വിശ്വാസ വേണം ആ രണ്ട് കാര്യങ്ങളുള്ള ആളുകൾക്ക് ഈ പരിശുദ്ധാത്മാവിൻ്റെ രണ്ടാമതൊരനുഭവത്തിനായിട്ട് ഒരു ഉറപ്പ് ധൈര്യത്തിനായിട്ട് അങ്ങനെയൊരു ശക്തിക്കായിട്ട് അതിനായിട്ട് പ്രാർത്ഥിക്കുകയും അതിനായിട്ട് ചോദിക്കുകയും ചെയ്യാം നമ്മൾ തീത്തോസിൻ്റെ ലേഖനത്തിലും ഇപ്പോൾ മൂന്നിൻ്റെ ആറും ഏഴും വാക്യത്തിലും ഈ കാര്യം കണ്ടല്ലോ വീണ്ടും ഞന്നവും സ്നാനവും ആ വീണ്ടും ഞന്നെ സ്നാനവും അതിന് ശേഷം നവീകരണം അപ്പോൾ ഒന്നാമത്തെ പടിയെന്ന് പറയുന്നത് രക്ഷയാണ് രണ്ട് അതിനോട് ചേർന്നുള്ള വിശ്വാസ സ്നാനം മൂന്നാമത് ഈ പരിശുദ്ധാത്മാവ് പ്രാപിക്കാനായിട്ട് വേറെ ഏതെങ്കിലും കാര്യങ്ങൾ നമ്മൾ പൂർത്തിയാക്കേണ്ടതായിട്ടുണ്ടോ നമ്മുടെ ജീവിതത്തിൽ ചെയ്യേണ്ടതായിട്ടുണ്ടോ ഉണ്ട് പല കാര്യങ്ങൾ പറയുന്നുണ്ട് അപ്പോൾ ചിലപ്പോഴത്തെ അഞ്ചാമധ്യായം നോക്കുക അഞ്ചാമധ്യായത്തിൽ നിന്ന് നമുക്കൊരു വാക്യം മൂന്നാമതായിട്ട് നമുക്ക് നോക്കാം മൂന്നാമതായിട്ട് നമ്മൾ ചെയ്യേണ്ട ഒരു കാര്യമായിട്ട് അഞ്ചിൻ്റെ മുപ്പത്തി വാക്യം ദൈവം ഈ വസ്തുതയ്ക്ക് ഞങ്ങളും ദൈവം തന്നെ അനുസരിക്കുന്നവർക്ക് നൽകിയ പരിശുദ്ധാത്മാവും സാക്ഷികളാകുന്നു എന്ന് ഉത്തരം പറഞ്ഞു പത്ര ദിവസത്തിന് ശേഷം അപ്പോസ്തന്മാരും ഒരു വചനമാണ് നമ്മൾ വായിച്ചത് അവിടെ അവർ പറയുന്നു ഞങ്ങൾ ഈ കാര്യത്തിന് ഞങ്ങൾ സാക്ഷികളാണ് പരിശുദ്ധാത്മാവും സാക്ഷികളാണ് പരിശുദ്ധാത്മാവും സാക്ഷിയാണ് എന്ന് പറയുമ്പോൾ അവിടെ പരിശുദ്ധാത്മാവിനെ വിശേഷിപ്പിക്കുന്നത് കണ്ടോ എന്താ പറഞ്ഞേക്കുന്നത് ദൈവം തന്നെ അനുസരിക്കുന്നവർക്ക് നൽകുന്ന പരിശുദ്ധാത്മാവ് അനുസരിക്കുന്നവർക്ക് അപ്പോൾ നമ്മൾ ഈ പറഞ്ഞതുപോലെ രണ്ടാമത് അങ്ങനെ ഒരു അനുഭവം പ്രാപിക്കാൻ അനുസരണം ആവശ്യമാണ് നമ്മുടെ ജീവിതത്തിൽ ഏതെങ്കിലും കാര്യങ്ങളിൽ നമ്മൾ ക്രമീകരണം വരുത്തേണ്ടതുണ്ടെങ്കിൽ അനുസരിക്കേണ്ടതുണ്ടെങ്കിൽ ഓ എന്തെങ്കിലും കാര്യം വിട്ടുകളയേണ്ടതുണ്ടെങ്കിൽ എന്തെങ്കിലും കാര്യം ക്രമീകരിക്കേണ്ടതുണ്ടെങ്കിൽ അത് ക്രമീകരിക്കണം അനുസരിക്കണം അനുസരി കാരണം അനുസരിക്കുന്നവർക്കാണ് പരിശുദ്ധാത്മാവിനെ നൽകുന്നതെന്ന് പറയുന്നു അങ്ങനെ ഉണ്ടെങ്കിൽ ഒരു നമുക്കങ്ങനെ ഒരു അനുഭവം ഉണ്ടാകാൻ തടസ്സം ഒരു നമ്മൾ അനുസരിക്കാത്തതാണോ ഏതെങ്കിലും കാര്യം നമ്മളെ പരിശുദ്ധാത്മാവ് ഓർപ്പിക്കുന്ന ഒരു കാര്യം ക്രമീകരണം ചെയ്യേണ്ട ഒരു കാര്യം ഞാനൊരു ദേവദാസൻ്റെ അദ്ദേഹം എഴുതിയ ഒരു അനുഭവം ഞാൻ വായിച്ചിട്ടുണ്ട് അദ്ദേഹം ഒരു ദിവസം ഒരു ദിവസം താൻ പണ്ടൊക്കെ നാട്ടുമ്പുറത്ത് കേരളത്തിൽ കേരളത്തിൽ ഈ പെന്തക്കോസ് ആ അനുഭവങ്ങൾ വന്ന് ഇങ്ങനെ പരിശുദ്ധാത്മാവിൻ്റെ രണ്ടാമതൊരനുഭവത്തിനായിട്ട് ആളുകൾ പ്രാർത്ഥിക്കുകയും കാത്തിരിക്കുകയും പല ദിവസങ്ങൾ ദൈവസന്നിധിയിൽ ദൈവത്തോട് ചോദിക്കുകയൊക്കെ ചെയ്യുന്ന ഘട്ടത്തിൽ ഒരു ദൈവദാസൻ എന്തു ചെയ്തു ഒരു ഒരു ദൈവഭൃത്യ തന്നെ അദ്ദേഹം തനിക്കിങ്ങനെ ഒരു അനുഭവം വേണം തനിക്ക് തൻ്റെ കഴിവ് കൊണ്ട് നിൽക്കാൻ എന്നെ സഹായിക്കണം എന്ന് പ്രാർത്ഥിക്കാൻ തുടങ്ങി പ്രാർത്ഥിക്കാൻ ഇരുന്നപ്പോൾ അദ്ദേഹം ദൈവത്തോട് ചോദിച്ചു ദൈവമേ ഞാൻ എന്തെങ്കിലും അനുസരിക്കാത്തതുണ്ടോ എന്തെങ്കിലും ഈ വാക്യത്തോടുള്ള ബന്ധത്തിൽ അനുസരിക്കുന്നവർക്കാണല്ലോ അവിടുന്ന് പരിശുദ്ധാത്മാവിനെ നൽകുന്നത് ഞാൻ എന്തെങ്കിലും അനുസരിക്കാത്തതുണ്ടോ പെട്ടെന്ന് അദ്ദേഹത്തിൻ്റെ മനസ്സിലേക്ക് ഒരു കാര്യം തൻ്റെ ജീവിതത്തിൽ ക്രമീകരിക്കേണ്ട ഒരു കാര്യത്തെക്കുറിച്ചുള്ള ഒരു ബോധ്യം കിട്ടി താൻ ആ കാര്യം പോയി ക്രമീകരിച്ചു അതനുസരിച്ചു അനുസരിച്ച് വന്നു കഴിഞ്ഞപ്പോൾ തനിക്ക് ആ പെട്ടെന്ന് ആ അത്ഭുതകരമായിട്ട് തനിക്ക് ഒരു ഉറപ്പോടെ ഇങ്ങനെ ഒരു അനുഭവം ലഭിച്ചതായിട്ട് താൻ എഴുതിയത് വായിപ്പാനായിട്ട് എനിക്ക് ഇടയായി പ്രിയപ്പെട്ടവരെ എപ്പോഴും നമ്മൾ വളരെ വേഗത്തിൽ നോക്കുമ്പോൾ ഒന്ന് മാനസാന്തരം ആവശ്യമാണ് വിശ്വാസ സ്നഹം ആവശ്യമാണ് അനുസരണം ആവശ്യമാണ് അതുപോലെ തന്നെ ആവശ്യമുള്ള ഒരു കാര്യം വിശ്വാസമാണ് നമ്മളിതിനെക്കുറിച്ച് കഴിഞ്ഞ ദിവസം സൗന്മാരെ ചിലർ പറയുകയുണ്ടായി യോഹനൻ്റെ സുവിശേഷം ഏഴാമധ്യായം അതിൻ്റെ മുപ്പത്തി എട്ടാമത്തെ വാക്യത്തിൽ നോക്കുക ഏഴിൻ്റെ മുപ്പത്തി എട്ടിൽ കർത്താവായ യേശു ക്രിസ്തു തന്നെ എങ്ങനെയാണ് പറയുന്നത് വിശ്വസിക്കുന്നവൻ്റെ ഉള്ളിൽ നിന്നാണ് ജീവജലത്തിൻ്റെ നദികൾ ഒഴിവ് ജീവജലത്തിൻ്റെ നദികൾ പരിശുദ്ധാത്മാവിൻ്റെ ആ നിറഞ്ഞ് കവിയുന്ന അനുഭവം ഉണ്ടാകണമെങ്കിൽ എന്തു വേണമെന്ന് ഇവിടെ പറയുന്നു വിശ്വാസം വേണം എന്ന് ഇവിടെ പറയുന്നു ഗലാത്തീർ എഴുതിയ ലേഖനം ഗലാത്തേർ എഴുതിയ ലേഖനം അതിൻ്റെ മൂന്നാമധ്യായത്തിൻ്റെ പതിനാലാമത്തെ വാക്യത്തിലും ഈ നിലയിൽ ഒരനുഭവത്തിനായിട്ട് വിശ്വാസം ആവശ്യമാണ് എന്ന് നമ്മൾ കാണുന്നു മൂന്നാമധ്യായം അതിൻ്റെ പതിനാലാമത്തെ വാക്യം അബ്രഹാമിൻ്റെ അനുഗ്രഹം ക്രിസ്തുവേശുവിൽ ജാതികൾക്ക് വരേണ്ടതിന് നാം ആത്മാവെന്ന വാഗ്ദത്ത വിഷയം വിശ്വാസത്താൽ പ്രാപിപ്പാൻ തന്നെ അപ്പോൾ ആത്മാവെന്ന വാഗ്ദത്ത വിഷയം നമുക്ക് എങ്ങനെയാണ് പ്രാപിക്കാൻ കഴിയുന്നത് അതിനുള്ള കണ്ടീഷൻ അവിടെ പറയുന്നത് എന്താ വിശ്വാസം വിശ്വാസത്താലാണ് ആ ആത്മാവെന്ന വാഗ്ദത്ത വിഷയം നമുക്ക് പ്രാപിപ്പാനായിട്ട് കഴിയുന്നത് ഗലാത്തിയർ മൂന്നിൻ്റെ രണ്ടാമത്തെ വാക്യം കണ്ടോ ആ രണ്ടാമത്തെ വാക്യത്തിൻ്റെ അവസാന ഭാഗം നിങ്ങൾക്ക് ആത്മാവ് ലഭിച്ചത് ന്യായ പ്രമാണത്തിൻ്റെ പ്രവൃത്തിയാലോ വിശ്വാസത്തിൻ്റെ പ്രസംഗം നിങ്ങൾ ഈ പ്രസംഗം കേട്ടു നിങ്ങളിലത് വിശ്വാസമായിട്ടുളവായി ആ വിശ്വാസത്തിൻ്റെ ഫലമായിട്ടാണ് നിങ്ങൾക്ക് പരിശുദ്ധാത്മാവിൻ്റെ ഇങ്ങനെയൊരു അനുഭവം ലഭിച്ചത് എന്ന് ഗലാത്തിയരോട് പറയുന്നു ആത്മാവെന്ന വാഗ്ദത്ത വിഷയം വിശ്വാസത്താലാണ് പ്രാപിപ്പാൻ കഴിയുന്നത് വിശ്വാസത്താലാണ് നമുക്കത് ലഭ്യമാകുന്നത് കണ്ടോ വിശ്വാസം ഈ കാര്യത്തിന് എത്ര പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് കർത്താവ് തന്നെ യോഹനാൻ ഏഴിൻ്റെ മുപ്പത്തെട്ടിൽ പറഞ്ഞു ഓ വിശ്വാസം വിശ്വസിക്കുന്നവൻ്റെ ഉള്ളിൽ നിന്നാണ് തിരുവഴുത്ത് പറയുന്നത് പോലെ ജീവജലത്തിൻ്റെ നദികൾ ഒഴുകുന്നത് കർത്താവിൻ്റെ അർത്ഥസഹോദരൻ യാക്കോബ് വിശ്വാസത്തെക്കുറിച്ച് പല കാര്യങ്ങളും പറഞ്ഞിട്ടുണ്ടല്ലോ യാക്കോബിൻ്റെ ലേഖനം ഒന്നാമത്തെ ആയം അതിൻ്റെ ആറും ഏഴും വാക്യങ്ങൾ എന്നാൽ ഒരുത്തൻ സംശയിക്കാതെ വിശ്വാസത്തോടെ യാചിക്കണം സംശയിക്കുന്നവൻ കാറ്റടിച്ചലയുന്ന കടൽ തിരക്ക് സമയം ഇങ്ങനെയുള്ള മനുഷ്യൻ കർത്താവിംഗിൽ നിന്ന് വല്ലതും ലഭിക്കും എന്ന് നിരൂപിക്കരുത് നാം പരിശുദ്ധാത്മാവിൻ്റെ ഒരു വർത്തമാനമായ അനുഭവത്തിനായിട്ട് പ്രാർത്ഥിക്കുമ്പം നമ്മൾ വിശ്വാസത്തോടെ പ്രാർത്ഥിക്കണം അല്ലാതെ അത് ലഭിക്കുമോ ഇല്ലയോ ആർക്കറിയാം എന്നുള്ള മട്ടിൽ ഇരു മനസ്സോടെ സംശയത്തോടെ യാചിച്ചാൽ അത് ലഭിക്കേയില്ല വിശ്വാസത്തോടെ യാചിക്കണം എന്ന് യാക്കോ ഇവിടെ പറഞ്ഞിരിക്കുന്നതിനെ നമുക്ക് പരിശുദ്ധാത്മാവിൻ്റെ അനുഭവത്തിനായിട്ട് പ്രാർത്ഥിക്കുമ്പോഴും ആ വിശ്വാസത്തോടെ നമ്മൾ പ്രാർത്ഥിക്കണം എന്നുള്ളതായിട്ട് നമുക്കെടുക്കാം അതുപോലെ തന്നെ ഈ അനുഭവം പ്രാപിക്കാനായിട്ട് നമുക്ക് നമ്മളതിനു വേണ്ടി യാചിക്കുകയും പ്രാർത്ഥിക്കുകയും വേണം ഈ കാര്യം നമ്മൾ കഴിഞ്ഞ ദിവസം ലൂക്കോസിൻ്റെ സുവിശേഷത്തിൽ നിന്ന് പറയുകയുണ്ടായി ലൂക്കോസിൻ്റെ സുശേഷം പതിനൊന്നാമത്തെ അധ്യായം പതിനൊന്നാമത്തെ അധ്യായത്തിൽ അതിൻ്റെ പതിമൂന്നാമത്തെ വാക്യത്തിൽ കർത്താവ് തന്നെ പറയുന്നു അങ്ങനെ ദോഷികളായ നിങ്ങൾ നിങ്ങളുടെ മക്കൾക്ക് നല്ല ദാനങ്ങളെ കൊടുപ്പാൻ അറിയുന്നുവെങ്കിൽ സ്വർഗസ്ഥനായ പിതാവ് തന്നോട് യാചിക്കുന്നവർക്ക് പരിശുദ്ധാത്മാവിനെ എത്രയധികം കൊടുക്കും അപ്പോൾ പരിശുദ്ധാത്മാവിനെ സ്വർഗസ്ഥനായ പിതാവ് കൊടുക്കും പ്രൊവൈഡ് യാചിക്കണം കണ്ടോ അവിടെ ആ കാര്യം പറയുന്നുണ്ട് യാചിക്കുന്നവർക്കാണ് ദൈവം പരിശുദ്ധാത്മാവിനെ നൽകുന്നത് ഇതിനായിട്ട് ഒരു പ്രാർത്ഥനയും യാചനയും നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകണം പ്രാർത്ഥന യഥാർത്ഥത്തിൽ ഇതിനായിട്ട് ഒരു പ്രാർത്ഥന ഉണ്ടാകുന്നത് എങ്ങനാ ഈ ഉപനിധി സൂക്ഷിപ്പാൻ കഴിയേയില്ല പരിശുദ്ധാത്മാവിൻ്റെ സഹായത്താലാണ് ഇത് കഴിയുക എന്നുള്ളത് നമ്മൾ ജീവിതത്തിൽ നിരന്തരം പല പല തോൽവികളിലൂടെ പല പ പലതരത്തിലുള്ള തോൽവികളിലൂടെ നമ്മൾ കണ്ടെത്തി കഴിയുമ്പം നമ്മൾ എന്തു നമ്മൾ അതിനായിട്ട് യാചിക്കാൻ തുടങ്ങും വിശപ്പുള്ള ഒരാളോട് എന്ത് അയാൾ ഭക്ഷണത്തിനായിട്ട് അയാൾ പിന്നെ നിർബന്ധിക്കേണ്ട കാര്യമില്ല ഈ അമ്മമാരൊക്കെ സ്കൂളൊക്കെ വിട്ട് കുഞ്ഞുങ്ങൾ വരുമ്പോൾ ഭക്ഷണം കൊടുക്കുമല്ലോ ചിലർ കുഞ്ഞുങ്ങൾ ഇട കഴിക്കുക എന്ന് പറഞ്ഞാലും അവന് കളിയിലൊക്കെയാണ് താല്പര്യം അവൻ അവൻ കളിക്കാനുമൊക്കെ പോകും ഇത് കഴിക്കേല എന്നാൽ അതിനെന്താ കാരണം അവൻ എന്തുകൊണ്ടാണ് അതിന് താല്പര്യമില്ലാത്തത് അവന് വിശപ്പില്ല വിശപ്പില്ല വിശപ്പില്ല എന്നാൽ വിശപ്പുണ്ടെങ്കിൽ കുഞ്ഞിന് അന്ന് എന്ത് വേണ്ട അന്ന് അമ്മ നിർബന്ധിക്കൊന്നും വേണ്ട അവന് ഉടനെ തന്നെ കഴിച്ചോളും എന്ന് പറഞ്ഞതുപോലെ ഇതിനായിട്ട് ഒരു ആവശ്യബോധം അതുണ്ടെങ്കിൽ ആ നിർബന്ധിച്ച് കുഞ്ഞമ്മയോടമ്മേ എനിക്ക് വിശക്കുന്നു ചോറുദാ എന്ന് പറയുന്നത് പോലെ ഒരു യാചന അതിനായിട്ടുള്ള ഒരു പ്രാർത്ഥന നമ്മുടെ ഭാഗത്ത് ഉണ്ടാകും പതിനൊന്നാം അധ്യായം അതിൻ്റെ ഒൻപതാമത്തെ വാക്യം കണ്ടോ കർത്താവ് പറയും യാചിപ്പീൻ എന്നാൽ നിങ്ങൾക്ക് കിട്ടും ഒരു കണ്ടീഷനാത് നിങ്ങൾക്ക് കിട്ടും പ്രൊവൈഡഡ് നിങ്ങൾ യാചിക്കണം നിങ്ങൾ കണ്ടെത്തും പക്ഷേ അതിനുവേണ്ടി നിങ്ങൾ അന്വേഷിക്കണം നിങ്ങൾക്ക് തുറക്കും പക്ഷേ അതിനുവേണ്ടി നിങ്ങൾ മുട്ടണം പത്താമത്തെ വാക്യം യാചിക്കുന്ന ലഭിക്കുന്നു അന്വേഷിക്കുന്നവൻ കണ്ടെത്തും മുട്ടുന്നവന് തുറക്കും അപ്പോൾ നമുക്ക് ഈ കാര്യത്തിനായിട്ട് വിശ്വാസം വേണം അനുസരണം വേണം അതുപോലെ തന്നെ ഒരു യാചനയും പ്രാർത്ഥനയും ഇതിനായിട്ടാവശ്യമാണ് ഞാൻ മുമ്പേ ഉദാഹരണം പറഞ്ഞപ്പോൾ വിശപ്പിനെക്കുറിച്ച് പറഞ്ഞു എന്നാൽ ഇതിനേക്കാളും വിശപ്പിനേക്കാളും നല്ല ഉദാഹരണം ദാഹം തന്നെയാണ് ബൈബിളിൽ പരിശുദ്ധാത്മാവിനായിട്ടുള്ള ആഗ്രഹത്തെ ആവശ്യബോധത്തെ ദാഹത്തോട് ചേർത്താണ് പലയിടത്ത് പറഞ്ഞിട്ടുള്ളത് പഴയ നിയമ പറഞ്ഞിട്ടുണ്ട് യേശ്യാവിൻ്റെ പുസ്തകം യേശയാവിൻ്റെ പുസ്തകം അൻപത്തി അഞ്ചാം അധ്യായം നോക്കുക അൻപത്തി അഞ്ചാമത്തെ അധ്യായത്തിന് തുടങ്ങുന്നത് ഇങ്ങനെയാണ് അല്ലയോ ദാഹിക്കുന്ന ഏവരും ദ്രവ്യമില്ലാത്തവരുമായുള്ളവരെ വെള്ളത്തിന് വരുവീൻ വന്ന് വാങ്ങി തിന്വീൻ നിങ്ങൾ വന്ന് ദ്രവ്യവും വിലയും കൂടാതെ വീഞ്ഞും പാലും വാങ്ങിക്കൊള്ളുകയും കണ്ടോ വീഞ്ഞായാലും വെള്ളമാണെങ്കിലും പരിശുദ്ധാത്മാവിൻ്റെ കാണിക്കുന്ന കാര്യങ്ങളാണ് അതിൻ്റെ നിഴലാണ് വെള്ളവും വീഞ്ഞും ഇത് ആർക്കാ കിട്ടുന്നത് ദാഹിക്കുന്ന ഏവരുമേ ദാഹിക്കുന്ന ഏവരുമേ വെള്ളത്തിന് വരുവീൻ ദാഹിക്കുന്ന ഏവരുമേ വീഞ്ഞും പാലും വാങ്ങിക്കൊള്ളുവീൻ യശയ്യാവ അമ്പത്തഞ്ചിൻ്റെ ഒന്നാണ് നമ്മൾ വായിച്ചത് യേശയോൻ്റെ പുസ്തകം തന്നെ നാൽപ്പത്തി നാലാം അധ്യായത്തിൻ്റെ മൂന്നാമത്തെ വാക്യത്തിൽ ദൈവം പറയ ദൈവം പറയുകയാണ് ദാഹിച്ചിരിക്കുന്നിടത്ത് ഞാൻ വെള്ളവും വരണ്ട നിലത്തെ നീരൊഴുക്കുകളും പകരും ദൈവം എവിടെയാണ് ഈ പരിശുദ്ധാൽമാവിൻ്റെ ഒഴുക്ക് പകരുന്നത് പരിശുദ്ധാൽമാവിൻ്റെ ആ വെള്ളം എവിടെയോട്ടാണ് ഒഴുകി ചെല്ലുന്നത് ദാഹിച്ചിരിക്കുന്നിടത്ത് നാൽപ്പത്തിനാലിൻ്റെ മൂന്ന് ദാഹിച്ചിരിക്കുന്നിടത്ത് കണ്ടോ അതാണ് അതിൻ്റെ കണ്ടീഷൻ പറയും ദാഹിച്ചിരിക്കുന്നിടത്ത് ദാഹമുണ്ടാകണം യോഹനാൻ്റെ സുവിശേഷം ഏഴാമധ്യായത്തിൽ നമ്മൾ മുമ്പേ വായിച്ചതിൻ്റെ തൊട്ട് മുകളിലത്തെ വാക്യത്തിൽ അവിടെയും ദാഹത്തെക്കുറിച്ച് നമ്മൾ കാണുന്നുണ്ട് കർത്താവ് തന്നെ പറയുകയാണ് യോഹനൻ്റെ സുശേഷം ഏഴാമധ്യായം മുപ്പത്തിയേഴാമത്തെ വാക്യം ദാഹിക്കുന്നവനെല്ലാം എൻ്റെ അടുക്കൽ വന്ന് കുടിക്കട്ടെ ദാഹിക്കുന്നവൻ അതിൻ്റെ താഴെ പറഞ്ഞു വിശ്വസിക്കുന്നവൻ ജീവജലത്തിൻ്റെ നദികൾ കിട്ടുമെന്ന് പറഞ്ഞു അതിൻ്റെ മുപ്പത്തേഴാം വാക്യത്തിൽ ദാഹം മറ്റൊരു കാര്യമാണ് പറയുന്നത് ഇതിനായിട്ടൊരു ദാഹം ഒരാവശ്യബോധം ഉണ്ടാകണം യേശാവിൻ്റെ പുസ്തകത്തിൽ നമ്മൾ കണ്ട അതേ കാര്യം തന്നെ കർത്താവ് എടുത്ത് പറയുകയാണ് ദാഹിക്കുന്നിടത്താണ് നീരൊഴുക്കുകൾ വരുന്നത് വെളിപ്പാട് പുസ്തകം ഒടുവിലത്തെ പുസ്തകമായി വെളിപ്പാട് പുസ്തകത്തിലേക്ക് വരുമ്പോഴും ഇതേ കാര്യം നമ്മൾ കാണുന്നുണ്ട് അതിൻ്റെ ഇരുപത്തിരണ്ടിൻ്റെ ഒടുവിലത്തെ അധ്യായം അതിൻ്റെ പതിനേഴാമത്തെ വാക്യത്തിൽ ഇതാ വരിക എന്ന് ആത്മാവും മണവാട്ടിയും പറയുന്നു കേൾക്കുന്നവനും വരിക എന്ന് പറയട്ടെ ദാഹിക്കുന്നവൻ വരട്ടെ ഇച്ഛിക്കുന്നവൻ ജീവജലം സൗജന്യമായിട്ട് വാങ്ങട്ടെ അപ്പോൾ ആർക്കാണ് ആ ജീവജലം കിട്ടുന്നത് ദാഹിക്കുന്നവനാണ് ദാഹിക്കുന്നവനാണ് ഇരുപത്തി ഒന്നാം അധ്യായം വെളിപ്പാട് ഇരുപത്തി ഒന്നാം അധ്യായം അതിൻ്റെ ആറാമത്തെ വാക്യം ആ ആറാമത്തെ വാക്യത്തിൻ്റെ അവസാന ഭാഗം ദാഹിക്കുന്നവന് ഞാൻ ജീവനീരുറവിയിൽ നിന്ന് സൗജന്യമായിട്ട് കൊടുക്കും അപ്പോൾ നമ്മൾ കണ്ടത് ഇതിനായിട്ടൊരു ദാഹമുണ്ടാകണം ദാഹമില്ലാത്തടത്ത് ദൈവം കൊണ്ടുവന്ന് നിർബന്ധിച്ച് കുടിപ്പിക്കുകയില്ല ദാഹമുണ്ടാവണം ഏഹ് ദാഹമുണ്ടെങ്കിൽ നമുക്ക് എന്ത് നമുക്ക് ആ ദാഹം മനുഷ്യജീവിതത്തിലെ ഏറ്റവും ഏറ്റവും പെട്ടെന്ന് തൃപ്തമാകേണ്ട ഒരു ചോദനയാണ് സത്യത്തിൽ തേഷ്ടെന്ന് പറയുന്നത് ദാഹം ഒരാൾ വെയിലത്തെല്ലാം നടന്ന് ദാഹിച്ച് വരണ്ട് വീട്ടിലോട്ട് കയറി വരിക ഭാര്യയോട് പറയുക നീ വേഗം ഒരു ഗ്ലാസ് വെള്ളമെടുക്കുക എനിക്ക് ദാഹിക്കുന്നു അപ്പോൾ ഭാര്യ പറയാം ഞാനൊരു പാട്ട് പാടിത്തരാം എന്താ തൃപ്തനാകൂ നിൻ്റെ പാട്ട് പാട്ടല്ല വേണ്ടത് എനിക്കൊരു ഗ്ലാസ് വെള്ളമാണ് വേണ്ടത് അപ്പോൾ മാൻ പറയ ഞാൻ ഗിറ്റാറിൽ പപ്പാ ഈയിടെ പഠിച്ചൊരു സ്റ്റാൻസാണ് ഞാൻ പാടിക്കേപ്പിക്കുക ഇട വെള്ളം വേണം വെള്ളം ദാഹിക്കുന്നവനും മറ്റൊന്നും കൊണ്ട് തൃപ്തി വരികയില്ല ഫാനിട്ട് കൊടുത്താൽ തൃപ്തിയാകുകയില്ല അതൊക്കെ നല്ലതാണ് പാട്ട് നല്ലതാ ദാ ഫാൻ നല്ലതാ എല്ലാം നല്ലതാണ് കിടക്ക വിരിച്ചു കൊടുത്താൽ കൊള്ളാം പക്ഷേ എപ്പോഴേ തൃപ്തി വരികയുള്ളൂ വെള്ളം കിട്ടിയാലേ തൃപ്തി വരികയുള്ളൂ വെള്ളം കിട്ടിയാലേ തൃപ്തി വരികയുള്ളു ആ നിലയിൽ ഇതിനായിട്ടൊരു ദാഹം ഇതില്ലാതെ എനിക്ക് പുള്ളോൺ ചെയ്യാൻ ഒക്കുകയില്ല മുന്നോട്ട് പോകാനൊക്കെ എന്നുള്ള ഒരു ആവശ്യബോധം ആ ഒരു ബലഹീനത ആ ഒരു നിസ്സഹായത നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാവണം ഒരുപക്ഷെ സഹോരാസഹോരി നമ്മുടെ ജീവിതത്തിൽ ഈ ഒരു പരിശുദ്ധാത്മാവിൻ്റെ വർത്തമാനമായ ഒരു അനുഭവം ഇല്ലാത്തതിന് കാരണം നമ്മൾ കാര്യങ്ങളൊക്കെ അനുസരിച്ചിട്ടുണ്ട് നമുക്കിത് ദൈവം തരുമെന്നൊരു വിശ്വാസവും ഉണ്ട് പക്ഷേ നമുക്കിതിനായിട്ടൊരു ദാഹവും യഥാർത്ഥത്തിലുള്ള ഒരു യാചനയും പ്രാർത്ഥനയും ഒരു സപ്ലിക്കേഷനും അതില്ലാത്തതാണോ ഒരു പക്ഷേ അങ്ങനെ ഒരു കാര്യമാകാം നമുക്ക് ഒരു കാര്യം കൂടെ പറഞ്ഞ് നമുക്ക് ഈ കാര്യങ്ങൾ അവസാനിപ്പിക്കാം നമ്മൾ പരിശുദ്ധാത്മാവിൻ്റെ കുറിച്ച് അത് ജലത്തോടും വീഞ്ഞിനോടും ഒക്കെ സാദൃശ്യപ്പെടുത്തി പറഞ്ഞിട്ടുണ്ടല്ലോ അതുപോലെ തന്നെ വേറൊരു നിഴല് പഴയ നിയമത്തിൽ പറഞ്ഞിട്ടുണ്ട് അത് തേജസ്സിനോട് ചേർത്താണ് പുറപ്പാട് പുസ്തകം നാൽപ്പത് നാൽപ്പതാം അധ്യായം ഒടുവിലത്തെ അധ്യായത്തിലേക്ക് വരുമ്പോൾ അവിടെ ദൈവത്തിൻ്റെ തേജസ് തേജസ് അവിടെ നിറഞ്ഞു മോശ കുറിച്ച് പറയുന്ന ആ ഭാഗം അതിൻ്റെ മുപ്പത്തിമൂന്ന് മുതൽ നാൽപ്പതാം അധ്യായത്തിൻ്റെ മുപ്പത്തിമൂന്ന് മുതൽ അവൻ തിരുനിവാസത്തിനും യാഗപീഠത്തിനും ചുറ്റും പ്രാകാരം നിർത്തി പ്രാകാരവാതിലിൻ്റെ മറശീല തൂക്കി ഇങ്ങനെ മോശ പ്രവൃത്തി സമാപിപ്പിച്ചു അപ്പോൾ മേഘം സമാഗമന കൂടാരത്തെ മൂടി യഹോയുടെ തേജസ് തിരുനിവാസത്തെ നിറച്ചു തേജസ് തിരുനിവാസത്തെ നിറച്ചു അതുകൊണ്ട് മോശയ്ക്ക് അകത്ത് കിടപ്പാൻ പോലും കഴിയാതെ വന്നു എന്നൊക്കെ നമ്മളിവിടെ കാണും പ്രിയപ്പെട്ടവരെ പരിശുദ്ധാത്മാവ് കടന്നു വരുന്ന ഒരുവൻ്റെ ജീവിതത്തിൽ അത് അവനൊരു തേജസ്സിലേക്കാവരുന്നത് ആ തേജസ് എങ്ങനെയാ ഇവിടെ മോശയുടെ ആ കൂടാരത്തിൽ എങ്ങനെയാണ് വന്നത് മോശ ഇങ്ങനെ മോശ പ്രവൃത്തി സമാപിപ്പിച്ചു അപ്പോൾ അപ്പോഴാണ് തേജസ് തിരുനിവാസത്തെ നിറച്ചത് നമ്മൾ ഈ ഈ ഇവിടെ മോശ സ്ഥാപിച്ച ഈ സമാഗമന കൂടാരം പിന്നീടൊരു ദേവാലയമായിട്ട് പൂർത്തിയാക്കിയത് ശലോമോനാണല്ലോ ശലോമോൻ അത് പൂർത്തിയാക്കിയതിനെക്കുറിച്ച് പറയുമ്പോഴും ശലോമോൻ അത് അവിടെ ദൈവ തേജസ് ഇറങ്ങി വരുന്നു വരുന്നതിനെക്കുറിച്ച് നമ്മൾ കാണുന്നുണ്ട് രണ്ട് ദിന വൃത്താന്തം അതിൻ്റെ ഏഴാമധ്യായം ഒന്നും രണ്ടും വാക്യങ്ങൾ വായിക്കുക ശലോമോൻ പ്രാർത്ഥിച്ച് കഴിഞ്ഞപ്പോൾ ആകാശത്തു തീ ഇറങ്ങി ഹോമയാകവും ഹന്നയാകവും ദഹിപ്പിച്ചു യഹോയുടെ തേജസ്സും ആലയത്തിൽ നിറഞ്ഞു യഹോയുടെ തേജസ് യഹോയുടെ ആലയത്തിൽ നിറഞ്ഞിരിക്കൊണ്ട് പുരോഹിതന്മാർക്ക് യഹോയുടെ ആലയത്തിൽ കടപ്പാൻ കഴിഞ്ഞില്ല നമ്മുടെ ജീവിതമാകുന്ന ആലയത്തിൽ തേജസ് നിറയണം തേജസ് എങ്ങനെ നിറയും പരിശുദ്ധാത്മാവിൻ്റെ ആ നിറഞ്ഞ് കവിയുന്ന ഒരു അനുഭവം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാവണം പക്ഷേ അതുണ്ടാകണമെങ്കിൽ ഒന്നാമത് മോശ തന്നോട് പറഞ്ഞതെല്ലാം പൂർത്തിയാക്കി അത് ദൈവത്തിനായിട്ട് പ്രതിഷ്ഠിക്കണം ദൈവത്തിനായിട്ട് സമർപ്പിക്കണം ശലോമോനും ആ നിലയിൽ തന്നോട് പറഞ്ഞതെല്ലാം പൂർത്തിയാക്കി കണ്ടോ ശലോമോൻ അവിടെ പ്രാർത്ഥിക്കുന്നതാണ് ആറാം അധ്യായത്തിൽ പറയുന്നത് അഞ്ചാമധ്യായത്തിൽ ആ ദൈവത്തിൻ്റെ തേജസ് നിറയുന്നതിനെക്കുറിച്ച് അവിടെയും പറയുന്നുണ്ട് അവിടെ ഒരു ശ്രദ്ധേയമായ ഒരു കാര്യം അഞ്ചാമധ്യായത്തിൻ്റെ ഒന്നാമത്തെ വാക്യം വായിക്കുക ഇങ്ങനെ ശലോമോൻ യെഹോയുടെ ആലയത്തിനു വേണ്ടി ചെയ്ത പണിയൊക്കെയും തീർന്നു ഫിനിഷ് ചെയ്തു രണ്ട് ദിനവൃത്താന്തം അഞ്ചിൻ്റെ ഒന്ന് അത് പൂർത്തിയാക്കി പൂർത്തിയാക്കി പൂർത്തിയാക്കി ദൈവം അത് ദൈവത്തിനായിട്ട് താൻ അതിനെ സമർപ്പിച്ചു സമർപ്പിച്ചപ്പം എന്താ ആ അഞ്ചാം അധ്യായത്തിൻ്റെ ഒടുവിലത്തെ വാക്യത്തിൽ യഹോയുടെ തേജസ് ദേവാലയത്തിൽ നിറഞ്ഞു എന്ന് നമ്മളവിടെ കാണുന്നു കണ്ടോ നമ്മുടെ ജീവിതത്തിൽ ഒരു സമ്പൂർണമായ ഒരു സമർപ്പണം അതും ഈ നിലയിലുള്ള ഒരു അനുഭവത്തിന് ആവശ്യമാണ് അപ്പോൾ നമ്മൾ ഏഴ് കൂട്ടം കാര്യങ്ങളാണ് പറഞ്ഞത് ഒന്ന് ഒരു മാനസാന്തരം അല്ലെങ്കിൽ ഒരു വീണ്ടും ജനനം അല്ലെങ്കിൽ രക്ഷയുടെ ഒരു അനുഭവം ഉണ്ടാവണം അതിനനുസരിച്ച് ദൈവത്തിൻ്റെ കൽപ്പനയനുസരിച്ച് വിശ്വാസ സ്നാനം സ്വീകരിക്കണം ചിലരെ സംബന്ധിച്ചിടത്തോളം അതിനൊരു അപവാദമെന്നുള്ള നിലയിൽ അങ്ങനെ അല്ലാതെ തന്നെ അനുഭവം അതിനെ നമ്മൾ നിഷേധിക്കേണ്ട കാര്യം കുറഞ്ഞ ദിവസത്തിൻ്റെ ഭവനത്തിൽ നമ്മളത് കാണുന്നുണ്ട് സ്നാനപ്പെടുന്നതിന് മുമ്പ് തന്നെ ഓ അപ്പം അതിനെന്താ കാരണം അതിന് ദൈവം തന്നെ പറഞ്ഞിട്ടുണ്ട് പരിശുദ്ധാത്മാവ് എന്താ അത് കാറ്റാ കാറ്റ് എന്തോ ചെയ്യും ഇഷ്ടമുള്ളിടത്ത് ഊതും ഇഷ്ടമുള്ളിടത്ത് ഊതും നമുക്കിതിനെ ഈ കാറ്റിനെ നമുക്ക് ഏഴ് കൂട്ടം പ്രമാണങ്ങളുണ്ട് അതിനനുസരിച്ച് പ്രവർത്തിക്കാവുന്നൊന്ന് കാറ്റിനോട് പറയാനൊക്കെ ഇല്ല ഞാനിപ്പോൾ പ്രിയപ്പെട്ടവരെ ഈ അനുഭവം പ്രാപിക്കാനായിട്ട് ഏഴ് കാര്യങ്ങൾ പറഞ്ഞു മാനസാന്തരം വേണം അതുപോലെ തന്നെ സ്നാനം വേണം അനുസരണം വേണം അനുസരിക്കുന്നവർക്കാണ് പരിശുദ്ധാത്മാവിനെ നൽകുന്നത് വിശ്വാസം വേണം യാചനയും പ്രാർത്ഥനയും വേണം ദാഹം വേണം സമ്പൂർണമായ ഒരു പ്രതിഷ്ഠ വേണം എന്നിങ്ങനെയൊക്കെ ഏഴുകൂട്ടം കാര്യങ്ങൾ നമ്മൾ പല വാക്യങ്ങളിലൂടെ കണ്ടു പക്ഷേ ഒരു ദൈവഹൃത്യൻ നമ്മളൊക്കെ സ്നേഹിക്കുകയും ബഹുമാനിക്കുകയും ചെയ്യുന്ന ഒരു ദൈവഭൃത്യൻ തൻ്റെ ഒരു അനുഭവം എഴുതിയപ്പോൾ അദ്ദേഹം ഒരിടത്ത് പറഞ്ഞു ആ എനിക്ക് സത്യത്തിൽ ഈ പരിശുദ്ധാത്മാവിൻ്റെ രണ്ടാമതൊരു അനുഭവം ഉണ്ടായപ്പോൾ ഞാൻ ആ നിലയിൽ സത്യത്തിൽ ഈ കാര്യങ്ങളെല്ലാം പൂർത്തിയാക്കി അല്ല അതിനു മുമ്പ് തന്നെ എൻ്റെ ജീവിതത്തിലെ ആ ഒരു ആ നിലയിൽ എന്നെ എക്യുപ് ചെയ്യേണ്ടതായിട്ടൊരു ആവശ്യം സ്വർഗത്തിന് തന്നെ തോന്നി ഞാൻ ഈ കണ്ടീഷനെല്ലാം പൂർത്തിയാക്കുന്നതിന് മുമ്പ് തന്നെ എന്നെ നിറച്ചു ഞാൻ ഒരളവിൽ ഒരു ഒരു ആത്മീകമായിട്ട് മുൻപിൽ നിൽക്കുന്ന ഒരു സന്ദർഭത്തിലല്ല ഇങ്ങനെ എനിക്കൊരു അനുഭവം ഉണ്ടായത് എന്ന് അദ്ദേഹം രേഖപ്പെടുത്തിയിട്ടുണ്ട് എന്താ അതിന് അതിന് കാരണം എന്താ അതിനുള്ള നമുക്ക് അതിന് പറയാവുന്ന ഒരു ന്യായം കാറ്റ് ഇഷ്ടമുള്ള ഇടത്തേക്ക് കൂതുന്നു നമ്മൾ ഈ ഏഴ് കൂട്ടം കാര്യങ്ങൾ പറഞ്ഞു എന്ന ആ കാര്യങ്ങളൊക്കെ നമുക്ക് ആവശ്യമാണ് സാധാരണഗതിയിൽ ഇതെല്ലാം ചെയ്ത് അങ്ങനെ മുന്നോട്ട് സമർപ്പിച്ച് മുന്നോട്ട് പോകുമ്പോഴാണ് പരിശുദ്ധാത്മാവിൻ്റെ ആ വർത്തമാനമായ അനുഭവം ഉണ്ടാകുന്നത് എന്ന് പറയുമ്പോൾ തന്നെ ചിലപ്പോൾ ഈ കണ്ടീഷനെയൊക്കെ മറികടന്നും പരിശുദ്ധാത്മാവിന് പ്രവർത്തിക്കാനുള്ള സ്വാതന്ത്ര്യവും ഉണ്ട് എന്നുള്ളൊരു അലവൻസും നമ്മൾ കൊടുക്കണം എന്ന് ഞാൻ പറയാനായിട്ട് ആഗ്രഹിക്കുന്നു പ്രിയപ്പെട്ടവരെ അതുകൊണ്ട് നമുക്ക് നമ്മുടെ തന്നെ ജീവിതത്തെ ഇങ്ങനെ ഒരു ഉറപ്പ് ഇല്ലാത്ത ആളുകളുണ്ടെങ്കിൽ പ്രിയപ്പെട്ടവരെ നിങ്ങൾ ഈ കാര്യങ്ങൾ ഉറപ്പ് വരുത്തുക ഞാൻ യഥാർത്ഥത്തിൽ രക്ഷിക്കപ്പെട്ടിട്ടുണ്ടോ രക്ഷിക്കപ്പെട്ട ഒരാൾക്ക് മാത്രമേ ഇത് ചോദിക്കാനായിട്ട് കഴിയുള്ളൂ ദൈവത്തിൻ്റെ കല്പന ഞാനനുസരിച്ചിട്ടുണ്ടോ വിശ്വാസ സ്നാനം സ്വീകരിച്ചിട്ടുണ്ടോ അതുപോലെ തന്നെ ഞാൻ അനുസരണം എൻ്റെ ജീവിതത്തിൽ പറഞ്ഞ കൊച്ചു കൊച്ചു കാര്യങ്ങൾ ഞാൻ പറഞ്ഞില്ലേ ഒരാള് അദ്ദേഹത്തിൻ്റെ പ്രാർത്ഥനയിൽ അദ്ദേഹത്തിന് പരിശുദ്ധാത്മാവ് ഒരു ബോധ്യം നൽകി ഉടനെ അദ്ദേഹം പോയി ആ കാര്യം അനുസരിച്ചു അനുസരിച്ച് വന്നപ്പോൾ അതായിരുന്നു അദ്ദേഹത്തിന് അദ്ദേഹത്തിൻ്റെ മേൽ പരിശുദ്ധാൽമാവ് പകരപ്പെടാനുള്ളതിന് തടസ്സം ആ തടസ്സം മാറിക്കഴിഞ്ഞപ്പോൾ ഉടൻ തന്നെ തൻ്റെ ജീവിതത്തിൽ അങ്ങനെ ഒരു അനുഭവം ഉണ്ടായി നാലാമതായിട്ട് നമുക്ക് വിശ്വാസം ഉണ്ടാവണം ആ യാചനയും പ്രാർത്ഥനയും ഉണ്ടാകണം ദാഹമുണ്ടാകണം സമ്പൂർണമായൊരു പ്രതിഷ്ഠ ഇങ്ങനെയൊക്കെ നമുക്ക് നമ്മുടെ ജീവിതത്തെ ദൈവത്തോട് ദൈവത്തിൻ്റെ മുമ്പാകെ കൊണ്ടുവരികയും വ്യക്തിപരമായിട്ട് ആളുകൾ പ്രാപിക്കേണ്ട ഒരു കാര്യമാണ് നമ്മളൊക്കെ വ്യക്തിപരമായിട്ട് നമ്മുടെ ജീവിതത്തിൽ ഈ ഒരു അനുഭവം പ്രാപിക്കണം അത് പരിശുദ്ധാത്മാവിൻ്റെ ഒരു പൂർണ്ണ നിയന്ത്രണത്തിൽ നമ്മളെ തന്നെ ഏൽപ്പിച്ചു കൊടുക്കുന്ന ഒരനുഭവമാണ് ആ അനുഭവം ഒരു ദൈവഭൃത്യൻ ഇതിനെക്കുറിച്ചൊക്കെ സാധാരണ ഈ പരിശുദ്ധാത്മാവിൻ്റെ ഇങ്ങനെ ഒരു അനുഭവത്തെക്കുറിച്ച് പറയാത്ത സഹോദരന്മാരുടെ കൂട്ടത്തിൽ നിന്നുള്ള എം ഇ ചെറിയ വളരെ മനോഹരമായ ഒരു ഉദാഹരണം പറഞ്ഞിട്ടുണ്ട് അദ്ദേഹം പറഞ്ഞൊരു ഉദാഹരണം അദ്ദേഹം പറഞ്ഞു ഈ പരിശുദ്ധാത്മാവിൻ്റെ പൂർണ്ണമായ ഒരു നിയന്ത്രണം ഉണ്ടാവണം പൂർണ്ണമായ നിയന്ത്രണം അതിപ്പം പെന്തക്കോ സൗകരന്മാർ പറയുന്ന പോലാണോ ബ്രദറുകാർ സൗകര്യന്മാർ പറയുന്ന പോലാണോ ഇതൊന്നും എനിക്ക് പ്രശ്നമല്ല എനിക്ക് അങ്ങനെ നിറഞ്ഞൊരനുഭവം ഉണ്ടാവണം എന്നിട്ട് അദ്ദേഹം പറയുന്ന ഒരു കഥ വളരെ രസകരമായ കഥയാണ് ഈ ഉദാഹരണങ്ങളൊക്കെ പറഞ്ഞാൽ ആളുകൾ ഓർത്തിരിക്കുമെന്നുള്ളത് കൊണ്ടാണ് ഞാൻ ഉദാഹരണങ്ങൾ ചിലത് പറയുന്നത് അദ്ദേഹം പറഞ്ഞു ഒരു ദിവസം ഒരു സഹോദരി വന്നപ്പം സഭാശുശ്രൂഷയും ചോദിച്ചു സൗകര്യ ഇന്നലെ എൻ്റെ വീട്ടിൽ പ്രാർത്ഥനയായിരുന്നല്ലോ എത്ര പേര് എങ്ങനെ ഉണ്ടായിരുന്നു എന്ന് ചോദിച്ചു ഉടനെ സൗരി പറഞ്ഞു എൻ്റെ ബ്രദറെ ഇന്നലത്തെ പ്രാർത്ഥനയ്ക്ക് നിറയെ വീട് നിറയെ എൻ്റെ ആ മുറി ഉണ്ടല്ലോ ആ മുറി നിറയെ ആളുകളുണ്ടായിരുന്നു എന്ന് പറഞ്ഞു അതിൻ്റെ പിറ്റേ ആഴ്ചയായി ആ വീട്ടിൽ പ്രാർത്ഥന നടന്നു അപ്പോൾ ഈ ഉത്തരവാദിത്തപ്പെട്ട സഹോദരന് അദ്ദേഹത്തിന് ഈ മീറ്റിങ്ങുകൾക്കൊന്നും പോകാൻ പറ്റുന്നില്ല അദ്ദേഹത്തിന് വൈകുന്നേരം എന്തെങ്കിലും ജോലി ഉണ്ടെന്നിരിക്കട്ടെ അദ്ദേഹത്തിന് ഈ മീറ്റിങ്ങൾക്കൊന്നും പോകാൻ പറ്റുന്നില്ല ആദ്യത്തെ ആഴ്ച നടന്ന് മീറ്റിങ് അതിനെക്കുറിച്ച് കേട്ടിട്ട് ചോദിച്ചു എത്ര പേരുണ്ടായിരുന്നു എൻ്റെ ആ ഫ്രണ്ടിലെ മുറി നിറയെ ആളുണ്ടായിരുന്നു രണ്ടാമത്തെ ആഴ്ച ആ മീറ്റിംഗ് നടന്നിട്ട് സൗരിയോട് ചോദിച്ചപ്പോൾ സൗരി പറഞ്ഞു എൻ്റെ ബ്രദറെ എന്തോ പറയാനാ എൻ്റെ ആ മുറി നിറയെ ആളുണ്ടായിരുന്നു മൂന്നാമത്തെ ആഴ്ച മൂന്നാമത്തെ ആഴ്ച ഈ മീറ്റിംഗ് നടന്നു മീറ്റിംഗ് നടന്നു കഴിഞ്ഞ് ഈ സൗരൻ ചോദിച്ചപ്പോൾ ആ സൗരി പറഞ്ഞു എൻ്റെ ബ്രദറെ ആ മുറി നിറയ ആളുണ്ടായിരുന്നു അപ്പം ഈ ബ്രദറ് ഈ സഹോദരി ഇതൊക്കെ പറയുമ്പോഴും ഈ ഉത്തരവാദിത്തപ്പെട്ട സഹോദരന് ഈ കാര്യങ്ങളെക്കുറിച്ച് ഒരു അന്വേഷണം നടത്തിയായിരുന്നു ആദ്യത്തെ ദിവസം എത്ര പേരുണ്ടായിരുന്നു മുറി നിറയെ ആളുണ്ടെന്ന് പറഞ്ഞ ദിവസം പത്തു പേരാകെ വന്നു പത്ത് പേരെയുണ്ട് രണ്ടാമത്തെ ആഴ്ച മുറി നിറയെ ഉണ്ടായിരുന്നെന്ന് പറഞ്ഞപ്പോൾ എത്ര പേര് വന്നു അന്വേഷിച്ചപ്പോൾ ഇരുപത് പേര് വന്നു മൂന്നാമത്തെ ദിവസം മുറി നിറയെ ആളുണ്ടായിരുന്നെന്ന് പറഞ്ഞപ്പോൾ എത്ര പേര് വന്നു അൻപത് പേര് വന്നു സഹോദരൻ ഉടനെ തന്നെ ഈ സഹോരിയെ സ്റ്റാൻഡ് പിടിച്ചു എന്നിട്ട് പറഞ്ഞു സഹോദരി നീ പറഞ്ഞതിൻ്റെ അകത്തെല്ലാം ഞാനിതിനെക്കുറിച്ച് അന്വേഷിച്ചു അന്വേഷിച്ചപ്പോൾ നീ പറഞ്ഞതിൻ്റെ അകത്ത് എന്തോ ഒരു പന്തികേടുണ്ട് ആദ്യ ആഴ്ച പത്ത് പേരല്ലേ വന്നത് പത്ത് പേര് വന്നപ്പോൾ നീ പറഞ്ഞു മുറി നിറയെ ആളുണ്ടായിരുന്നെന്ന് പറഞ്ഞു രണ്ടാമത്തെ ആഴ്ച ഇരുപത് പേര് വന്നപ്പോഴും നീ പറഞ്ഞു മുറി നിറയെ ആളുണ്ടായിരുന്നെന്ന് പറഞ്ഞു മൂന്നാമത്തെ ആഴ്ച അമ്പത് പേര് വന്നപ്പോഴും നീ പറയുക മുറി നിറയെ ആളുണ്ടായിരുന്നെന്ന് പറഞ്ഞു ഇതങ്ങനെ ശരിയാകുന്നത് എവിടെയോ എന്തോ ഒരു കുഴപ്പമുണ്ടല്ലോ എന്ന് പറഞ്ഞു ഉടനെ ഈ സഹോദരി വളരെ മിടിക്കിയായ സഹോദരി അവൾ പറഞ്ഞു അങ്ങനെയല്ല അങ്ങനെയല്ല ബ്രതറെ എന്താ സംഭവിച്ചതെന്ന് ഞാൻ പറയാം ആദ്യത്തെ ദിവസം പത്ത് പേര് വന്നു ബ്രതറെൻ്റെ ആ ഫ്രണ്ടിലെ മുറി കണ്ടിട്ടുണ്ടല്ലോ അവിടെ ഞാൻ കുറച്ച് സെറ്റിയും ഒക്കെ ഇട്ടിട്ടുണ്ട് ആ സെറ്റി പത്ത് സെറ്റിയും എല്ലാം കൂടെ പത്ത് പേർക്ക് ഇരിക്കാം എല്ലാവരും ആ കസേരകളിൽ സെറ്റിയിൽ ഇരുന്ന് മുറി നിറഞ്ഞു ഉള്ള കസേരകൾ ഒരു കസേര പോലും വേക്കൻ്റായിട്ട് കടന്നില്ല കസേരകൾ പത്തും ഫില്ലായി അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ആദ്യത്തെ ദിവസം മുറി നിറയെ ആളുണ്ടായിരുന്നെന്ന് പറഞ്ഞു അപ്പോൾ രണ്ടാമത്തെ തവണയോ ഇരുപത് പേര് വന്നപ്പോൾ നീ എന്താ ചെയ്തു ഇരുപത് പേര് വന്നപ്പോൾ എനിക്ക് മനസ്സിലായി ഈ കസേര കൊണ്ട് മാത്രം എല്ലാവരെയും അക്കോമഡേറ്റ് ചെയ്യാൻ വെക്കുകയില്ല എന്ന് മനസ്സിലായി ഞാൻ പത്ത് പേരെ കസേരയിലിരുത്തി പത്ത് പേരെ എന്തു ചെയ്തു പത്ത് പേരെ തറയിൽ പാവിരിച്ച് അവരെ അവിടെ ഇരുത്തി അങ്ങനെ കസേര നിറയെ ആളുണ്ടായിരുന്നു തറ നിറയെയും ആളുണ്ടായിരുന്നു മുറി നിറയെ ആളുണ്ടായിരുന്നു അപ്പോൾ മൂന്നാമത്തെ ദിവസം അമ്പത് പേർ വന്നപ്പോഴോ എൻ്റെ ബ്രദറെ അമ്പത് പേര് വന്നപ്പോൾ എനിക്ക് മനസ്സിലായി ഈ പരിപാടി നടക്കുകയല്ല ഞാനും ഭർത്താവും കൂടെ കസേര സെറ്റി എല്ലാം എടുത്ത് ആ മുറിയിൽ നിന്ന് പുറത്ത് കളഞ്ഞു എന്നിട്ടവിടെ ഇഞ്ചോടിഞ്ച് പാവിരിച്ചു എന്നിട്ട് മുഴുവൻ പേരെ അവിടെ ഇരുത്തി അപ്പോൾ അമ്പത് പേര് നിറഞ്ഞിരുന്നു അന്നും എന്തുണ്ട് മുറി നിറയയാളുണ്ട് പ്രിയപ്പെട്ടവര് നമുക്ക് നമുക്ക് പറയാൻ ഞാൻ പൂർണ്ണ ഹൃദയത്തോടെയാണ് ദൈവത്തോട് ഈ കാര്യത്തിനായിട്ട് ചോദിക്കുന്നത് എന്ന് പറയാം പക്ഷേ ചില സിറ്റിങ് കസേരയൊക്കെ അവിടെ ഇവിടെ കിടപ്പുണ്ടോ പറഞ്ഞത് ശരിയാണ് നമ്മൾ കാര്യങ്ങളെല്ലാം ഞാൻ ചോദിക്കുന്നുണ്ട് അതും കൂടെ കിട്ടിയാൽ കൊള്ളായിരുന്നു അതും ഉണ്ടായിരുന്നെങ്കിൽ എൻ്റെ ജീവിതം കുറച്ചും കൂടെ മെച്ചമാകുമായിരുന്നു ആ നിലയിലല്ല ഈ മൂന്നാമത്തെ തവണ ആ സഹോദരി ചെയ്തതുപോലെ ഇത് മുഴുവൻ എല്ലാ ഫർണിച്ചറും എടുത്ത് ഇതല്ലാതെ പറ്റുകയില്ല മറ്റെല്ലാ അന്വേഷണങ്ങളും വെളിയിൽ കളഞ്ഞ് മുഴുവനും പാവിരിച്ച് മുഴുവൻ പേരെയും ഇരുത്തി ഞാൻ പറഞ്ഞത് വ്യക്തമാണല്ലോ ഹൃദയത്തിൽ നിന്നുള്ള മറ്റ് നിലയിലുള്ള അന്വേഷണങ്ങളെ എല്ലാം മാറ്റി പൂർണ്ണമായിട്ട് ഇതിനു വേണ്ടി ഒരു അന്വേഷണം അങ്ങനെ വരുമ്പോഴാണ് പരിശുദ്ധാത്മാവ് ഹൃദയത്തെ പൂർണ്ണമായിട്ട് ഫില്ല് ചെയ്യുന്നത് പൂർണ്ണമായിട്ട് നിറയ്ക്കുന്നത് ഒരു ബ്രദറൻ സഹോദരൻ പറഞ്ഞ ഉദാഹരണമാണ് ഞാനാ പറഞ്ഞത് പ്രിയപ്പെട്ടവരെ നമ്മുടെ ജീവിതത്തിൽ അങ്ങനെ ഒരു അനുഭവം ഇല്ലാത്തവർ അങ്ങനെ ഒരു അനുഭവത്തിനായിട്ട് ചോദിക്കുകയും അതിനായിട്ടുള്ള കാര്യങ്ങൾ ഏഴ് കൂട്ടം കാര്യങ്ങൾ നമ്മൾ പറഞ്ഞു വിശ്വാസവും ദാഹവും പ്രതിഷ്ഠയും യാചനയും പ്രാർത്ഥനയും അനുസരണവും ഓ ഈ കാര്യങ്ങളൊക്കെ നമ്മുടെ ജീവിതത്തിൽ പൂർത്തിയാക്കി നമുക്കിതിനായിട്ട് ചോദിക്കാം ആട്ടെ അങ്ങനെ ഒരു അനുഭവം വന്നാലോ ആ അനുഭവത്തിൽ തുടരുക എങ്ങനെ തുടരാൻ കഴിയും ഈ പരിശുദ്ധാത്മാവിൻ്റെ ഒരു പ്രത്യേകത അതിനെ കർത്താവും പറഞ്ഞേക്കുന്നത് സ്നാവകൂ ഞാനും നമുക്കറിയാമല്ലോ കർത്താവിൻ്റെ സ്നാനത്തോടുള്ള ബന്ധത്തിൽ പരിശുദ്ധാത്മാവിനെ പ്രാവിനോടാണ് ചേർത്തേക്കുന്നത് ഏതെല്ലാം ഏതെല്ലാം പക്ഷികളുണ്ടായിട്ട് ഈ പ്രാവിനോട് ഇന്തിനെ ഇതിനെ ഞാൻ ചിലപ്പോൾ ചിന്തിക്കാറുണ്ട് പ്രാവ് കഴുകനെ പോലല്ല കഴുകനൊക്കെ വളരെ കുറച്ചുകൂടൊരു കഴിവുള്ള പക്ഷികളൊക്കെ ആണെന്ന് പറയാം പ്രാവ് താരതമ്യേനെ ഒരു ഷയ്യായ ഒരു ബേഡ ഒരു നമ്മൾ ഒന്ന് കൈ കാണിച്ചാൽ മതി അതങ്ങ് പറഞ്ഞു പോകും നമ്മൾ ഒന്ന് ചാടി കിണിറ്റാൽ മതി പ്രാവ് മാറിപ്പോകും പരിശുദ്ധാത്മാവിനെ പ്രാവിനോടാണ് പറഞ്ഞേക്കുന്നത് എന്ന് പറഞ്ഞാൽ എന്താ നമ്മുടെ ജീവിതത്തിൽ ഒരു അനുഭവം ഉണ്ടായി രണ്ടാമതൊരു അനുഭവം ഉണ്ടായി പക്ഷേ അതിനെ സൂക്ഷിക്കേണ്ട ഒരു ഉത്തരവാദിത്വം നമുക്കുണ്ട് നമുക്കുണ്ട് അതിനെ ഈ പ്രാവിനെ പോലെ അത് വളരെ ഇടിച്ചു കയറുന്ന അത് വളരെ ഷയ്യാണ് അതിനെ നമ്മൾ ശ്രദ്ധിക്കണം അതിനെ സൂക്ഷിക്കണം ശരി അവൻ്റെ പുസ്തകത്തിൽ ഒരു വാക്യം നമ്മൾ കാണുന്നുണ്ടല്ലോ ശരി അവൻ്റെ പുസ്തകത്തിലെ അറുപത്തിമൂന്നാമത്തെ അധ്യായം അറുപത്തിമൂന്നാമത്തെ അധ്യായത്തിലെ പരിശുദ്ധാത്മാവിനെക്കുറിച്ച് പറയുന്നു അവൻ്റെ പത്താമത്തെ വാക്യം അവർ മത്സരിച്ചു അവൻ്റെ പരിശുദ്ധാത്മാവിനെ ദുഃഖിപ്പിച്ചു കണ്ടോ അവരുടെ ജീവിതത്തിൽ ദൈവത്തോട് ചില മത്സരം വന്നതേയുള്ളൂ പരിശുദ്ധാത്മാവ് എന്തോ ചെയ്തു പരിശുദ്ധാത്മാവ് ദുഃഖിച്ചു എഫ് എസ് എർക്ക് എഴുതിയിൽ അതിനെ നാലാം അധ്യായത്തിൻ്റെ മുപ്പതാമത്തെ വാക്യം നമുക്കെല്ലാം പരിചിതമായ വാക്യമാണ് അവിടെ പരിശുദ്ധാത്മാവിനെ ദുഃഖിപ്പിക്കരുത് പരിശുദ്ധാത്മാവിനെ ദുഃഖിപ്പിക്കരുത് ഇത് പെട്ടെന്ന് ദുഃഖിക്കുന്നതും പെട്ടെന്ന് ചിലപ്പം മാറിപ്പോകുന്നതുമാണ് നമ്മൾ ഒന്ന് അഞ്ചാം അധ്യായം അതിൻ്റെ പത്തൊൻപതാമത്തെ വാക്യം ഒന്നത്തെ സ്ലോനിക്കർ അഞ്ചിൻ്റെ പത്തൊൻപത് പരിശുദ്ധാത്മാവിനെ എന്തു ചെയ്യരുത് കെടുക്കരുത് അപ്പം നമുക്ക് പരിശുദ്ധാത്മാവിനെ ദുഃഖിപ്പിക്കാൻ കഴിയും പരിശുദ്ധാത്മാവിനെ വ്യസനിപ്പിക്കാൻ കഴിയും പരിശുദ്ധാത്മാവിനെ കെടുക്കാൻ കഴിയും അതൊരു തീയാണെങ്കിൽ അതിനെ കെടുത്തുകളയാൻ നമുക്ക് കഴിയും ഞാൻ പറഞ്ഞത് ഈ അനുഭവം പ്രാപിച്ചതിന് ശേഷവും നമ്മൾ ഓ അത് കൊണ്ട് നടക്കുന്നതും നഷ്ടമാകാതെ കുറയാതെ നമ്മൾ കൊണ്ട് നടക്കുന്നതും നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാവണം കാരണം പരിശുദ്ധാത്മാവിനെ ദുഃഖിപ്പിക്കാനും കെടുത്താനും നമുക്ക് തന്നെ കഴിയും അതുണ്ടാകാതെ നമ്മൾ ചിലരൊരുപക്ഷേ ഇങ്ങനെ ഒരു അനുഭവം പ്രാപിച്ചവരായിരിക്കും എന്നാൽ ഇന്ന് നമ്മുടെ ജീവിതത്തോടുള്ള ബന്ധത്തിൽ ഇതെങ്ങനെ ഇരിക്കുന്നു അത് പരിശുദ്ധാത്മാവിനെ ദുഃഖിപ്പിച്ചോ ഈ മുറി നിറയെ ഉള്ള സാധനങ്ങളൊക്കെ കളഞ്ഞിട്ടാണ് നമ്മൾ പരിശുദ്ധാത്മാവിൻ്റെ ഒരു അധിവാസം അതിൻ്റെ ഒരു പൂർണ്ണ നിയന്ത്രണത്തിന് നമ്മുടെ ഹൃദയത്തെ നമ്മൾ വിട്ടുകൊടുത്തത് എന്നാൽ നാളുകൾ കുറച്ച് കഴിഞ്ഞപ്പം ഇപ്പം നമ്മൾ പിന്നെ കുറച്ച് സെറ്റിയും മറ്റ് ചില കാര്യങ്ങളും പിന്നെയും ഈ മുറിക്കകത്ത് കൊണ്ടുവന്ന് വെച്ചോ പരിശുദ്ധാത്മാവ് പരിമിതപ്പെട്ടു പോയോ പരിശുദ്ധാത്മാവിനെ ഇപ്പോൾ അത് ദുഃഖമാണോ അതോ കുറച്ചുകൂടെ മുന്നോട്ട് പോയി പരിശുദ്ധാത്മാവിനെ കെടുത്തിക്കളഞ്ഞോ ോകം തരും സുഖമല്ല